الحمد لله الحمد لله الذي هدانا سبا السبيل واجال لنا التوفيق خير رفيق واشهد ان لا اله الا الله وحده لا شريك له واشهد ان سيدنا ومولانا محمد بنو هو رسول اللهم يا واجيب الوجود ويا واقي الخير والجود افِل علينا انوار رحمتك ويصلن الرسل اليك ما لي مدي ربك او وفوض امر الى الله او وفوض امر الى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا هدينا يا رسول الله بلغت الرساله واديت المانه ونسحت الامه وكشفت لهم وَذَكَرَ تِى سَبِيلَ رَبِّكَ حَقَّ جِدٍّ وَبَتَّ رَبَّكَ حَقَّا آتَاكَ اليَقِينِ أَعُوذُ بِاللَّهِ مِنَ الشَّيْطَانِ الرَّجِيمِ بسم الله الرحمن الرحيم حتى اذا فتحت يا اجوج وماجوج حتى اذا فتحت يا اجوج وماجوج وهم من كل حزب ينسلون واقترب الوعد الحق فإذا هي شاقصة أبصار الذين كفروا يا بيلنا كذ كنا في غفلة من هذا بل كنا ظالمين صدق الله صدق الله مولانا الالي والعظيم وقال نبينا وحبيبنا ورسولنا وقائدنا وقدوتنا محمد صلى الله عليه وسلم كيف يحلك هذه الامه انا اولها والمHDI وسطها ويسا اخرها صدق رسول النبي المصطفى الامين عليه وعلى اله واهل بيته افضل الصلوات وازكى التسليم ألا من كريم مثلكم للمرتجي في من ملا قبلا ولا في من يجي أنا الله فكربتا بك لي فرعجي أنا الله فكربتا بك لي فرعجي حيران من ذمبي أصبت عليما صلوا عليه وسلموا تسليما وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك يا بني يا رسول الله منذ اذا سالت الله ما تحيته سلام الله اجلالك ذيرك عاشق ذخما ിമോ തസിലീമാരുണ്യ സിന്ധുവാമല്ലാഹുവിന്ദിരു നാമത്തിലോദൊന്നു ദിവ്യമാം സൂക്തികൾ കാരുണ്യ സിന്ധുവാമല്ലാഹുവിരു നാമത്തിലോദൊന്നു ദിവ്യമാം സൂക്തികൾ കാശഭൂമികൾ തൃട്ടിച്ചു രക്ഷകൻ അരാവും പ്രകാശവും ചൂടുന്നനന്തമായി സാഗരേ പോതങ്ങൾ നീങ്ങുന്നു ഭദ്രമായി വാനിൽ നിന്നം വസ്തു കൃത്യമായി കാർമേകവാദവും ശീക്രജാലങ്ങളും ഈശ്വന്റെ ആജ്ഞയ്ക്കതീശ്വരാണെപ്പോഴും പേമാരി പെയ്ച്ചു ശൂന്യമാം ഭൂമിക്ക് ോ രക്ഷകൻ കാരുണ്യ സിന്ധുവാമല്ലാകുവിന്ദിവ്യമാം സൂക്തികൾ സ്നേഹ ബഹുമാന തോൽ നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ സഹോദരിമാരെ അസ്ലാമലൈക്കും വറഹമത്തുള്ളി തലക്കാത്ത ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്കെന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദൻ അതിരട്ട ദയാവലനും അത്യുദാരനും അതുല്യനും അദൃശ്യനും അനുഗ്രഹദാതാവും അഖിലാധിപതിയുമായ അള്ളാഹു സുബ്രഹാൻഭൂവദ് വിശിഷ്യമായി സംഗമത്തിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിഭാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്താപരാധങ്ങളും പുറത്തും ആപ്പാക്കി തരുമാറാകട്ടെ ഇഷ്ടമുള്ള ജീവിതം പാപങ്ങളിൽ നിന്നൊഴിഞ്ഞു മാറി അള്ളാഹുവിനും അവന്റെ പ്രവാചകനും വെടിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസീയത്ത് ചെയ്യുകയാണ് പരമകാരുണ്യകനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ ഈ പുണ്യമായ സദസ്സിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിഭാവനതയും കൊണ്ട് നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സഹോദരീ സഹോദരന്മാർ ദുആ കൊണ്ട് നമ്മോട് വസീയത്ത് ചെയ്തവർ ഫിൽമിന്റെ വഴികളിൽ നമ്മുടെ സഹായികളായിരുന്നവർ നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ എല്ലാത്തിലും ഉപരി പരിപാവനമായ മജിലിസിൽ എലിമിന്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തിയ അഭിവന്യരായ നമ്മുടെ ഗുരുനാഥന്മാർ എല്ലാവരെയും കപരണങ്ങളെ അള്ളാഹുസുബെഹാനുഭൂവത്ത് ആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവരുടെ മണ്ണറകളെ അള്ളാഹുസുബെഹാനുഭൂവത്തെ ആല മണിയറയാക്കി പരിവസിപ്പിക്കുമാറാകട്ടെ പരലോക സുഖത്തിലും സമാധാനത്തിലും സംതൃപ്തിയിലും സംതൃപ്തിയിലുമായി അള്ളാഹുസ്ബെഹാന ഹൂബത്ത് ആല കബൂൽ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആായോടെ ലോകാവസാനം ഒരു വെളിപ്പാടകലെ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നാം നടത്തുന്ന പ്രഭാഷണ പരമ്പരയുടെ രണ്ടാം ദിവസമാണ് ഇന്നലെ ഇസ്ലാമിക സമൂഹം മുഴുവനും ഉത്കണ്ഠാകുലമായ ഒരു സാഹചര്യങ്ങളിലൂടെ നടന്നു പോകുമ്പോ ആദരവായ പ്രവാചകൻ ഈ സമൂഹത്തിന് സന്തോഷവൃത്താന്തമറിയിച്ച ഇമാം മഹദീ അലിഹി സലാത്തു വസ്ലാമിന്റെ ആഗമനം വരെയുള്ള കിയാമത്ത് നാളിന്റെ സംഭവ ബഹുലമായ ചടുലമായ ഉദ്വേഗജനകമായ സംഭവ വിഗതികളാണ് നാം ഇന്നലെ ചർച്ച ചെയ്ത് തിരിഞ്ഞത് ഇനി ഇമാം മെഹദി അലി വസലാമിന്റെ വരവ് മുതൽ കിയാമത്ത് നാളിന്റെ ചെറിയ അടയാളങ്ങളുടെയും വലിയ അടയാളങ്ങളിലെയും ഇടയിലുള്ള ഒരു വരിത്തിരിവാണ് ഇമാം മെഹദി അലി വസലാമിന്റെ രംഗപ്രവേശം കടന്നുവരവ് എന്നാണ് ചരിത്രകാരന്മാർ കുരുക്കുക അതുമായി ബന്ധപ്പെട്ട് ലോകാവസാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ അടയാളങ്ങളിലേക്ക് ദജ്ജാലടക്കം യു ജൂജ് മഹജൂദടക്കം ദാമ്പത്തികളിലടക്കമുള്ള ഇസ്ലാമിക ചരിത്രകാരന്മാരും ഹദീസ് വിശാരദരായ പണ്ഡിതന്മാരും ചർവിത ചർവണം നടത്തിയ പാരാഭാരം പോലെ പരന്നുകിടന്ന ഒരു വിഷയമാണ് അറിവിന്റെ പാലാരിട്ടനെ പോലും പിന്നിട്ടിട്ടില്ലാത്ത വിനീതനെ സംബന്ധിച്ചോളം ഇന്ന് പറയേണ്ടത് അള്ളാഹു പറയുവാൻ റിവിൽ അള്ളാഹു പറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആായോടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് വീണ്ടും കിടക്കുകയാണ് അള്ളാഹു നാമേവരെയും സ്വീകരിക്കുമാറാകട്ടെ ആയിരത്തി ജൂലൈ പതിനേഴ് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഹുസ്നി മുബാറക്കിന്റെ കെയ്റോയിലെ ഔദ്യോഗിക വസതിയുടെ മുമ്പിൽ പതിവൊന്നുമില്ലാത്തതുപോലെ ദൃശ്യമാധ്യമ പ്രവർത്തകരുടെ ഒരു വലിയ തിരക്ക് കാണോ നീറോ നഗരത്തിൽ തല ഉയർത്തി നിൽക്കുന്ന ഈജിപ്ഷ്യൻ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന്റെ അടച്ചിട്ട വാതിലുകൾക്കുള്ളിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചയുടെ വിശദാംശങ്ങളറിയാൻ കണ്ണുകൾ തുറന്നുകൊണ്ട് കാത്തുനിൽക്കുന്ന വിവിധ രാജ്യങ്ങളിൽ നിന്നും ദേശങ്ങളിൽ നിന്നും മാധ്യമ പടയുടെ ഒരു വൻതരക്ക് തന്നെ പ്രസിഡന്റിന്റെ കൊട്ടാര വസതിയുടെ മുമ്പിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതൽ പശ്ചിമേഷ്യയെ ഒരു കലാപ കലുഷിത സംവിധാനമാക്കി മാറ്റിയ വർഷങ്ങളായി പരിഹരിക്കാൻ കഴിയാത്ത ഫലസ്തീൻ ഇസ്രയേൽ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ ഈജിപ്ഷ്യൻ രാജാവ് ഹുസനി മുബാറക്കിന്റെ മധ്യസ്ഥതയിൽ ഫലസ്തീൻ വിമോചന മുന്നണിയുടെ പോരാളി യാസർ റഫാദും അന്നത്തെ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ഇഷാഖ് റബീനും തമ്മിലുള്ള സന്ധ്യസംഭാഷണം കൈറോ കൊട്ടാരത്തിന് നടക്കുകയാണ് ആകാംക്ഷ മുറ്റി മണിക്കൂറുകൾക്ക് ശേഷം രാജാവിന്റെ ഔദ്യോഗിക വസതിയുടെ മുൻവാതിൽ തുറന്നു ചർച്ചയുടെ വിശദാംശമറിയാൻ മാധ്യമപടരാഷ്ട്രത്തലവന്മാരുടെ ചുറ്റും കൂടി സ്വതസിദ്ധമായ ശൈലിയിലൂടെ ഇറങ്ങി വന്ന അന്നത്തെ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയായ ശ്രീ ഇഷാഖ് റബീനോട് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു അറബി പത്രലേഖകൻ അദ്ദേഹത്തോട് ചോദിച്ചു പത്രേ സിസ്റ്റർ ഇഷാഖ് റബീൻ ഏതാണ്ട് അരനൂറ്റാണ്ടായി ഞങ്ങളുടെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ല വലിഹു വസല്ലമയുടെ ആദ്യത്തെ കിബലയായ വൈത്തിൽ മുക്കദ്സ് പിടിച്ചടക്കി അള്ളാഹുദ്ദീന്റെ പ്രവാചകന്റെ ചരിത്രമുറങ്ങുന്ന ഭൂമിയെ മരീമസമാക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ശ്രമിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം ഇസ്ലാമിക ആവേശം ഞരമ്പിലൂറുന്ന ആ അറബി പത്തലേഖകൻ ഒരു വല്ലാത്ത വികാര വിക്ഷോഭത്തോടെ ഇസാക്കറുദ്ദീനോട് ചോദിച്ചു പത്രേ അമേരിക്കയെ കൂട്ടുപിടിച്ച് സഖ്യകക്ഷികളെ കൂട്ടുപിടിച്ച് ഇസ്ലാമിക രാജ്യത്തെ തച്ചു നിങ്ങളുടെ ശ്രമം ഒരിക്കലും ഫലവത്താവുകയില്ല ആരൊക്കെ നിങ്ങൾക്ക് പിന്തുണ നൽകിയാലും നിങ്ങൾക്കൊരിക്കലും വിജയിക്കാൻ കഴിയില്ല കാരണം ഞങ്ങളുടെ നേതാവായ ആദരവായ പ്രവാതകൻ നബി മുഹമ്മദ് മുസ്തഫ്ലൈഹി വസല്ല പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്താകുന്നതിന് മുമ്പ് ഞങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടാണ് വിട അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ആ വാക്കുകൾ നൂറ് ശതമാനം വിശ്വസിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇസ്രായേലി ദൂതസമൂഹത്തിന് മുസ്ലിമീങ്ങളെ കീഴടക്കാൻ കഴിയില്ല കാരണം ഞങ്ങളുടെ നേതാവായ അള്ളാന്റെ റസൂല് ഞങ്ങളോട് പറഞ്ഞതാ ലാ തൂ മുസ് ഒരിക്കലും ലോകം ാട്ടക്കോ മുസ്തോ ആ ലോകാവസാനം സംഭവിക്കുകയില്ല അത്തായു കാറ്റിലുൾ മുസ്ലിമോനല്ലേ ഹോവ് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ജൂതന്മാരും മുസ്ലിമീങ്ങളും തമ്മിൽ മുഖാമുഖം പോരാടുന്ന ഒരു പോരാട്ടം നടക്കും ആ പോരാട്ടത്തോടെ ലാട്ടക്കോ മുസ്തോ ആ അവസാനിക്കുകയില്ല ആ പോരാട്ടത്തിന്റെ ഒടുവിൽ പയക്കു തുലകമൊഴി മുസ്ലിമോൻ പാശ്ചാറ്റരായ മുസ്ലിമീങ്ങളും മുഖാമുഖം നടന്ന നടക്കുന്ന സംഘട്ടനത്തിൽ അതിന്റെ പരിണിതഫലമായി അവസാന മുസ്ലിമീങ്ങൾ വിജയിക്കുകയും ആ മുസ്ലിമീങ്ങളുടെ വിജയപേര് കണ്ടിട്ട് ജൂതന്മാരുമെടുവനും തോട്ടോടുകയും പരാജയത്തിന്റെ കഴിപ്പ്നീര് കൊടുത്ത ജൂതപടന്മാർ അവരെ പിന്തുടർന്നു വരുന്ന മുസ്ലിമീങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി കാടുമേടുകളുടെ ഇടയിലൂടെ ഓടുമ്പോ പുറകെ വരുന്ന മുസ്ലിമീങ്ങളിൽ നിന്ന് രക്ഷപേടാൻ വേണ്ടി ജൂതപടന്മാരുമെടുവനും വനത്തിൽ തിങ്ങി നിൽക്കുന്ന വൃക്ഷങ്ങളുടെയും കരിമ്പാറക്കെട്ടുകളുടെയും പുറകിൽ പോയി ഒളിച്ചിരിക്കുമ്പോൾ പുറകെ വരുന്ന മുസ്ലിമീങ്ങൾ തങ്ങളുടെ മുമ്പിൽ പോയ ജൂതന്മാരെവിടെ ഒളിച്ചിരിക്കുന്നു എന്നറിയാതെ പതറി നിൽക്കുമ്പോ ഏത് വൃക്ഷത്തിന്റെയും കല്ലുകളുടെയും പാറക്കെട്ടുകളുടെയും പുറകിലാണോ ജൂതന്മാർ ഒളിച്ചിരിക്കുക ആ പാറക്കല്ലുകളും ആ വൃക്ഷങ്ങളും വിളിച്ചു യാ മുസ്ലിം യാ അബുദല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ഓരോ പാറക്കെട്ടുകളും വൃക്ഷങ്ങളും വിളിച്ചു പറയും അടിമയായ മുസ്ലിമേ ഹാതായിൽ ഒരു ജൂലൻ വന്ന് ഒളിച്ചിരിക്കുന്നുണ്ട് കടന്നു വന്നിട്ട് പക്കത്തിനു ഹൂ ഇവന എന്ന് യാതൊരു വിധ പഞ്ചേന്ദ്രീയ പരിജ്ഞാനമില്ലാത്ത സംസാര ശക്തിയില്ലാത്ത പാറക്കെട്ടുകളും വടവൃക്ഷങ്ങളും തങ്ങളുടെ പുറകിൽ വിളിച്ചിരിക്കുന്ന ദൂതന്മാരെ യഹൂദികളെ മുസ്ലിംങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കും എല്ലാ വൃക്ഷങ്ങളും വിളിച്ചു പറയും പക്ഷേ ഇല്ലൽ കർക്കതാ റസോളുള്ള പറഞ്ഞു കറുക്കത് എന്ന് പറയുന്ന ഒരു വൃക്ഷമൊഴിച്ച് ആ വൃക്ഷം മാത്രം തന്റെ പുറകിൽ ജൂതന്മാരിന്നാല് വിളിച്ചു കാണിച്ചു കൊടുക്കുകയില്ല കാരണം ഇപ്പൊ ഇന്നഹൂമിൻ അത് ജൂതന്മാർ ആരാധിക്കുന്ന ഒരു വൃക്ഷമാ അതുകൊണ്ട് അത് മാത്രം വിളിച്ചു ബാക്കി എല്ലാ വൃക്ഷങ്ങളും തങ്ങളുടെ പുറകിലിരിക്കുന്ന ജൂതന്മാരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന അവസ്ഥയുണ്ടാകുമെന്ന് ഇതേവരെ കള്ളം പറഞ്ഞിട്ടില്ലാത്ത മുഖുദിനെ സാധിക്കും ഇബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുബിന്റെ പ്രവാചകം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അന്തിമ വിജയം മുസ്ലിംങ്ങൾക്കാണ് നിങ്ങൾ എത്രത്തോളം പരാതയെ ഭീതി പൂട്ടാലും എത്രത്തോളം ഞങ്ങളെ തടുപ്പ് നിർത്താൻ ശ്രമിച്ചാലും ഈ അന്തിമ വിജയം നടക്കുന്നത് വരെ ലോകം അവസാനിക്കില്ലെന്ന് ഞങ്ങളുടെ റസൂളുകൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അന്തിമ വിജയം ഞങ്ങൾക്കാണ് എന്നൊരു വല്ലാത്ത വികാരം പ്രക്ഷോഭത്തോടെ ഈ അറബി പത്തലേഖകൻ ഇസ്രയേലിന്റെ അന്നത്തെ പ്രധാനമന്ത്രി പിന്നീട് ബോംബാക്രമണത്തിന് കൊല്ലപ്പെട്ട ശ്രീ ഇഷാഖ് റബീനോട് പറഞ്ഞു കൊടുത്തു അത്ര അള്ളാന്റെ റസൂര് പറഞ്ഞത് ആരൊക്കെ ഒരുമിച്ച് കൂടിയാലും അന്തിമ വിജയം ഇസ്ലാമിന്റെ പക്ഷത്ത ആ അനിവാര്യമായ പതനത്തിന്റെ സമയത്ത് ഒലിച്ചിരിക്കുന്ന കല്ല് പോലും വിളിച്ചു പറയും ഇല്ലല്ല കർക്കത പറഞ്ഞു അത് അറുക്കത് എന്ന് പറയുന്ന ഒരു വൃക്ഷം ഒഴിച്ച് ആ വൃക്ഷത്തിന്റെ പുറകെ ഒളിച്ചിരുന്ന അത് വിളിച്ചു സഹോദരങ്ങളെ ഈ ഹദീസ് ഞാൻ പറയുമ്പോ പതിനാല് നൂറ്റാണ്ട് മുമ്പ് നിബിതങ്ങള് പറഞ്ഞ് ഈ വചനം പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അവിശ്വസനീയമായിട്ട് തോന്നാം പക്ഷെ വിശ്വസിച്ച ഒരു സമൂഹമുണ്ട് ഇസ്രയേലിലെ ജൂതന്മാർ ഇന്നും ഇസ്രയേലിൽ പോയി നോക്കിയാൽ കറുക്കത് എന്ന് പറയുന്ന വൃക്ഷം പഞ്ചവത്സര പദ്ധതിയിൽപ്പെട്ട് പെടുത്തി ഇസ്രയേൽ ഗവൺമെന്റ് മുഴുവനും ഇസ്രയേൽ മുഴുവനും വെച്ച് പിടിപ്പിച്ച് വളർത്തുകയാണ് എങ്ങാനും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായാൽ തങ്ങൾ കൊളിച്ചിരിക്കാൻ ഒരു സുരക്ഷിത സ്ഥാനം തേടി ഇസ്രയേലിൽ പോയവർക്കറിയാം അല്ലെങ്കിൽ ഇസ്രയേലിലെ ചിത്രമറിയുന്നവർക്കറിയാം കല്ലിപുഴച്ചെടി പോലെ ഇരിക്കുന്ന ഒരു ചെടി അതാണ് കറുക്കത് ചില ആളുകൾ അത് ഓർക്കിലാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് പൂർണ്ണമായും വിശ്വാസയോഗ്യൊന്നുമല്ല അതുകൊണ്ട് ഇസ്രയേലിന് ഉറപ്പാണ് ഗവൺമെന്റിന്റെ ചെലവിലാണ് ഇറക്കത് എന്ന് പറയുന്ന വൃക്ഷം ഇസ്രയേലിൽ ഇപ്പോൾ വെച്ചുപിടിപ്പിക്കുന്നത് കാരണം ഒളിച്ചിരിക്കാൻ ഒരൊട്ടോ ഒളിത്താവളതേ ഞാൻ ഇന്നലെ പറഞ്ഞ മഹതിയുടെ ആഗമനമാ പക്ഷെ ഈ പറഞ്ഞ സംഭവത്തിന്റെ മറുഭാഗവും കൂടി നിങ്ങളൊന്ന് കേൾക്കണം ഈ അറബി പത്തലേഖകൻ ഇത്രത്തോടെ വികാര വിക്ഷോഭത്തോടെ പറഞ്ഞപ്പോ അന്നത്തെ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ഷാഖ് റബീൻ അദ്ദേഹത്തോട് പറഞ്ഞു പത്രേ ദ വീക്ക് മാഗസീനിൽ വന്നൊരു വാർത്തയാണ് അദ്ദേഹത്തോട് പറഞ്ഞു പത്രേ സഹോദര വല്ലാതെ നിങ്ങൾ എന്നോട് പ്രക്ഷോഭം കൊള്ളണ്ട കാരണം നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈവിസല്ലമാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും തർക്കമൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് സല്ലാഹു അലഹി വസ്ല്ലം വാഗ്ദാനം ചെയ്തതുപോലെ ഈ അനിവാര്യമായ പരാജയത്തിലേക്ക് ഞങ്ങളെ തള്ളിവിട്ടിട്ട് വിജയത്തിന്റെ പേര് മുടക്കാൻ അതിന് പ്രാപ്തരായ ഒരു മുസ്ലിം പോലും ഇന്ന് എന്ന കാര്യത്തിൽ ഞങ്ങൾ ഉറപ്പാണ് പതിനാല് നൂറ്റാണ്ട് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹുദീ വസനുമായി ഇത് പറയുമ്പോ ആ പ്രവാചകന്റെ മുന്നിലിരുന്നു കൊണ്ട് പ്രവാചകന്റെ വചനങ്ങൾ കേട്ട അബൂബക്കൽ സുദ്ദീഖിനെ പോലെ ഉമർ ഫാറൂഖിനെ പോലെ ഉസ്മാനുബിന് അപ്പാനെ പോലെ അലിഹുൽ മുർത്തലാനെ പോലെ സൈബുബിന് അബീബ് ഖാർസിനെ പോലെ ജൈസലുബിന് അബീ താലിബിനെ പോലെ അബ്ദുല്ലാഹുബിന് ഉമറിനെ പോലെയുള്ള ഹംസത്തുൽ കർണാറിനെ പോലെയുള്ള തത്യല്യമായ വ്യക്തിത്വമുള്ള ഒരു മുസ്ലിം ലോകത്തുള്ള നൂറ്റി അറുപത് കോടിയോളം വരുന്ന മുസ്ലിമീങ്ങളിൽ ഇല്ല ഞങ്ങൾക്കെല്ലാവർക്കും ഉറപ്പാണ് രണ്ടാമത് അന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ ഈ സമൂഹത്തിനെ ഒരു വിജയത്തിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ വിശുദ്ധമായ ഖുറാൻ ഭരണഘടനയായി അംഗീകരിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രം പോലും ലോകത്ത് നിലവിലില്ല അതുകൊണ്ട് മുഹമ്മദ് പ്രവചിച്ചു എന്നല്ലാതെ ആ പ്രവചനം പുലർത്താൻ പറ്റുന്ന മുഹമ്മദ് സല്ലാഹ്ലൈ വസലമയുടെ യഥാർത്ഥ അനുയായികളിൽ ലോകത്തില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണെന്ന് പറയുന്നത് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ आदिने विशुद्धമായ ഖുർആൻ പറഞ്ഞതുപോലെ ലസദി അന്ന അശദ് അന്നാസി യദാവ തല്ലദീന ആബദു ലുഹൂദ വല്ലദീന അശറകൂ അല്ലാഹന്റെ বিশুদ্ধമായ ഖുർആൻ പറഞ്ഞതുപോലെ ലസദി അന്ന അശദ് അന്നാസി യദാവ തല്ലദീന ആബദു ലുഹൂദ വല്ലദീന അശറകൂ സമൂഹത്തിനോട് അകത്തും പുറത്തും ഏറ്റവും വൈരാഗം വെച്ചു പുലർത്തുന്നത് അവരാരെന്നറിയുമോ ആമുരൂത അവര് ചൂതന്മാരാണ് ചൂതന്മാരാണെന്ന് വിശുദ്ധമായ മുന്നറിയിപ്പ് നൽകിയ എന്റെ സഹോദരങ്ങളെ ലോകാവസാനത്തിൽ നിറയാനും പറയുമ്പോ അവസാന വിജയത്തിനു വേണ്ടി ഇസലാമീക സമൂഹത്തിനൊരു പുനരുത്സാഹനായകനുണ്ടാകുമെന്ന് പറയുമ്പോ ആദ്യം നമ്മളൊന്ന് പോകുന്നു ന് താറാകണം അള്ളാഹൂര വിധേയാന് അതിന് പ്രാപ്തരായ എത്ര മുസ്ലിമിങ്ങളാണ് നമ്മുടെ ഇടയിലുള്ളത് അല്ലാഹു നമ്മളെ അതിന് പ്രാപ്തരാക്കി പെരുമാറാകട്ടെ അള്ളാഹു പ്രാപ്തരാക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന് പ്രാപ്തരായൊരു സമൂഹം ഉണ്ടാകണം എന്റെ ചെറുപ്പക്കാരാത്തിന് പ്രാപ്തരായി മാറേണ്ടതുണ്ട് അള്ളാഹുവിന്റെ വിശുദ്ധനായ പ്രവാചകന്റെ മുമ്പിൽ ഇരുന്നതുപോലെ നമുക്ക് ില്ല നമ്മുടെ കൂട്ടത്തില് ധാരാളം ഉമരുണ്ട് പക്ഷേ ഉമരുണ്ട് പക്ഷേ അലീവിന് നമ്മുടെ സഹോദരങ്ങളെ നമുക്കായി മാറേണ്ടതുണ്ട് ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ ദൗത്യമേറ്റെടുക്കാൻ മറ്റു സമൂഹത്തിന്റെ നടുവികളേക്ക് ദൈവത്തിന്റെ തിരികൊടുത്താൽ നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹു ഇസ്ലാമിന്റെ വിജയപതാകം എന്നിപ്പാറിക്കാന് എന്റെ യുവാക്കളേ നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹുവിന്റെ വീലിനു വേണ്ടി എന്ത് പകരം കിട്ടിയാലും എനിക്ക് അള്ളാഹിന്റെ ബീനിനപ്പുറം മറ്റൊന്നില്ലെന്ന് വിളിച്ചു പറയാൻ കഴിയുന്ന ഉബൈവിനെ അധികൃതയല്ലാകുത്താലാഹുവിനെ ഉബൈവിന് അധികൃതയല്ലാകുത്താലാംഗുവിനെ പോലെ ഒരു വലിയ സമൂഹം നമുക്കുണ്ടാകേണ്ടതുണ്ട് അള്ളാഹു അതിന് നമ്മളെ പ്രാപ്തരാക്കി മാറ്റുമാറാകട്ടെ ലോകത്ത് ജീവിതത്തിൽ എന്ത് പകരം കിട്ടിയാലും അതിനു പകരം അള്ളാഹുവിന്റെ ദീനിനോളം പൊരുത്തത്തോളവും പകരമില്ല എന്ന് ചിന്തിക്കുന്ന ഹുബൈദുവിനെ അധികൃതിയല്ലാഹുത്ത ലാഹിബിനെപ്പോലെ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് ഞാൻ പറയുകയാ ആവേശത്തോടെ കേൾക്കുന്നതിനപ്പുറം ഇത് സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹുവിന്റെ ലോകാവസാനത്തിന് മുമ്പ് ധ്രുവീകരണമാകുന്ന സാമൂഹിക സാഹചര്യത്തിൽ ഒരു യഥാർത്ഥ മുസ്ലിമിന്റെ റോളെന്നാണ് ഒരു ഭംഗിയായി നിർവഹിക്കാൻ നമ്മൾ പ്രാപ്തരാകേണ്ടതുണ്ട് ആരെ പോലെ ബഹുമാനപ്പെട്ട ഹുബൈബിന് അള്ളാഹുബിന്റെ പ്രവാചകനെ ഒരു സമയമൊന്ന് തള്ളിപ്പറയാൻ പറഞ്ഞപ്പോ ഇല്ല അള്ളാഹുവിന്റെ പ്രവാചകനെ ഞാൻ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞ് കഴിമരത്തിന്റെ മുമ്പിലൂടെ നടന്നു പോകുമോ ഹുബൈബിന് പിടിച്ചു നിർത്തിയിട്ട് ഹുബൈബ് വിശുദ്ധമായി ഇസ്ലാമിനെ നീ ഒരുമിഷത്തിലേക്ക് തല്ലിപ്പറഞ്ഞാൽ അലൈ യകവാസി ദുനിയാവ അലൈക്ക നഈമു ദുനിയാ അലൈക്ക നഈമു ദുനിയാ അലൈക്ക നഈമു ദുനിയാ നിങ്ങൾ മദീനയിലേക്ക് നടന്നു പോകും അതല്ലെങ്കിൽ ഈ ഭൂമിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നിന്റെ കയ്യിലോട്ട് വെച്ചുരാമെന്ന് പറഞ്ഞപ്പോൾ കടുമരത്തിന്റെ മുന്നിലൂടെ നടന്നു പോകുമ്പോഴും എനിക്ക് ഒരു താഗ്രഹം മാത്രമേ ഉള്ളൂ എനിക്ക് രണ്ട് റകഅത്ത് നമസ്കരിക്കണമെന്ന് പറഞ്ഞു എനിക്ക് മരിക്കാൻ വേടിയില്ല എനിക്ക് മരിക്കാൻ വേടിയില്ല പക്ഷേ മരിക്കുന്നതിനു മുൻപ് അല്ലാഹുവിന്റെ മുന്നിൽ എനിക്ക് രണ്ട് നമസ്കരിക്കണമെന്ന് പറഞ്ഞ് കടുമരം മുമ്പിൽ കിടന്ന് തൂങ്ങിയാടുമ്പോഴും വയാസംഗുകളില്ലാതെ യാതൊരു അള്ളാഹു മുമ്പിൽ രന്ത്രക്കാർക്ക് നമസ്കരിച്ചു കൊണ്ട് കടുമരത്തിലോട്ട് കടന്നു പോകുമ്പോ ആ കടുമരത്തിലോട്ട് കടന്നുപോയ ഗുരുവിനെ അടിയെന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ പേരിലല്ലയോ അല്ലാണ്ട് വിശുദ്ധമായ ഖുറാൻ സ്വാഗതമോറിയത് എന്റെ സഹോദരങ്ങളെ ധാരാളം ആളുകൾ ലോകത്ത് മരിച്ചുപോയിട്ടുണ്ട് ധാരാളം ആളുകളുടെ മരണം ലോകത്ത് പക്ഷേ മരിക്കുന്ന സമയത്ത് വിശുദ്ധമായ ഖുർആാൻ സ്വാഗതമോറിയ ഒരേ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അത് ആരെന്നറിയുമോ കുഹ്മാനപ്പെട്ട കുബൈലവിനെ അതീറിയുള്ള ഉദയപ്രതി അള്ളാഹുത്തനാണ് കരുമരത്തിലേക്ക് തന്നെ തൂങ്ങിയാടുമ്പോ ഉദയപ്രതി അള്ളാഹുവിന് സ്വാഗതം പറഞ്ഞുകൊണ്ട് വിശുദ്ധമായ ഖുറാൻ ഡായത്തിറങ്ങിയെങ്കില് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാൻ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാഗ്ദാനം പുലർത്താൻ പറ്റുന്ന ഒരു സമൂഹമായി നമ്മൾ മാറേണ്ടതുണ്ട് ഇസ്ലാമിക സമൂഹം അതിന്റെ കാല്ഷ്യതയിലൂടെ നടന്നു ഇസ്ലാമിക സമൂഹം പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു ലോകത്തിന്റെ നാലാഭാഗത്തും ഇസ്ലാമിക സമൂഹത്തിനെതിരെ ശത്രുപാലയത്തിൽ പണപ്പറപ്പിടപാട് നടക്കുമ്പോ ആ സമയത്ത് കൈവാലയത്തിലേക്ക് ഹജ്ജനുവേണ്ടി പോകുന്ന പന്ത്രണ്ട് രാജ്യങ്ങൾ വന്ന അബുദാദികൾ എന്റെ സഹോദരങ്ങളെ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സെപ്റ്റംബർ പതിനൊന്നിന് വേൾഡ് തേടി സെന്റർ ആക്രമണത്തിന്റെ കഥയും പറഞ്ഞിട്ടാണ് ഇച്ചരാധിക രാജ്യത്തിന്റെ മുകളിലേക്ക് സാമ്രാജ്യത്തെ ശക്തികളുടെ പടയോട്ടം തുടങ്ങിയതെങ്കിൽ അള്ളാണ്ട് റസൂര് പറഞ്ഞ കാര്യങ്ങളിനാലും നില പറയുമ്പോ എന്റെ സഹോദരങ്ങളെ അല്പനേരം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക അള്ളാണ്ട് റസൂലിന്റെ പ്രവചനങ്ങൾ പറയുമ്പോ പലരും അത്ഭുതത്തോടെയും നില കേട്ടിരുന്നു അള്ളാണ്ട് റസൂര് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്നോട് പല സുഹൃത്തുക്കളെന്നോട് തുസ്താദ പറഞ്ഞതൊക്കെ ആയിരം വട്ടം ശരിയാണ് ആയിരം വട്ടം ശരിയാണ് അല്ലാണ്ട് പതിനാല് നൂറ്റാണ്ട് മുമ്പ് പ്രവചിച്ചത് മുഴുവനും ലോകത്തിന് സത്യമായി പുലർന്നു കാണുമ്പോ ബഹുമാനപ്പെട്ട അബതാരകൾ മുഴുവനും കാണാൻ കപാലയത്തിന്റെ മുറ്റത്തിരിക്കുമ്പോ ഇസ്ലാമിക ലോകത്തിന്റെ പരിതാവസ്ഥയുടെ കഥ പറയുമ്പോ ഒരാള് പറയും അല്ലാന്ന് റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ ഇസ്ലാമിക ലോകത്തിന്റെ പേരിൽ നരനായ ആറ്റ നടക്കുമ്പോ ഈ സമൂഹത്തിൽ ഈ സമൂഹത്തിനൊരു പുനരുദ്ധാന നായകൻ വരും ആ നായകനാണ് ഇമാമഹദിയ ആ സമയത്ത് അവരിൽ ആരോടോ പറഞ്ഞു കൊടുക്കും ഇമാമഹതി മദീനയിലെത്തിയിട്ടുണ്ട് എന്ന് അബുദാലുകൾ മുഴുവനും മക്കയിൽ നിന്ന് മദീനയിലോട്ട് വായുകയാണ് അബുദാലുകൾ മുഴുവനും മക്കയിൽ നിന്ന് മദീനയിലോട്ട് വായുമ്പോ തന്നെ അന്വേഷിച്ചിട്ടാളുകൾ വരുന്നു എന്നറിഞ്ഞ ഇമാമഹതി ആ സമയത്ത് മദീനയിൽ നിന്ന് മക്കയിലോട്ട് ും അബദാലകൾ മദീനയിലെത്തുമ്പോ ഇമാമഹുതി മക്കയിലേക്ക് പോയ നിറഞ്ഞ് അവരും മുഴുവനും അതാ മക്കയിലോട്ട് കടന്നു വരും അവരും മക്കയിലോട്ട് വരുമ്പോ ഇമാമഹുതി മദീനയിലേക്ക് പോകും അവര് വീണ്ടും മദീനയിലേക്ക് പോകുമ്പോ ഇമാക്കയിലേക്ക് വരും അവസാനം അബുദാലുകൾ മുഴുവനും ഈ രാജ്യത്തിന്റെ പുനരുദ്ധാര നായകൻ അന്വേഷിച്ച് കൈമാറിയത്തിന്റെ നടന്നു പോകുമ്പോ അതാ കൈമാറിയത്തിന്റെ വാതിലിനേ യും മക്കാമണി പ്രാഹിവിന്റെയും നടുവിൽ മുൽക്കത്തിലേക്ക് നെഞ്ചിലേത്ത് വെച്ചിട്ട് വിങ്ങിപ്പൊട്ടിക്കരയുന്ന ഇങ്ങി പെട്ടിപ്പറയുന്ന നാൽപ്പത് വയസ്സോളം പ്രായമുള്ളൊരു മനുഷ്യനെ കാണുമ്പോ ആ സമയത്ത് അബതാദികൾ പറയും ഇതിമാകുതിയാണ് ഇതിമാ മകുതിയാണെന്ന് പറയുമ്പോ അദ്ദേഹം പറയുന്നില്ല ഞാനിമാല്ലിമാകുതിയല്ല ഞാനിമാകുതിയല്ല എന്ന് അദ്ദേഹം നിരാകരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആരായിമാകുതി ആ ഇമാഹതിമാഹദിയുടെ യഥാർത്ഥ പേര് മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നാണ് അള്ളാൻഡിന്റെ പ്രിയപ്പെട്ടാൽ ിന്റെ പ്രിയപ്പെട്ട മകന് ഇഷയനാകുത്താലാങ്കിലിന്റെ വംശപരമ്പരയിൽ വരുന്ന ഒരു സാധാരണ മനുഷ്യനാണ് ഇമാമഹുതി എന്ന് ആദരമായ പ്രവാചകന്റെ മുസ്തഫ അല്ലാണ്ട് റസൂല് പറഞ്ഞ അടയാളങ്ങൾ നോക്കുമ്പോ റസൂലുള്ള ഇമാമഹുതിയുടെ കുറെ അടയാളങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഇരുനിറമാണ് മെരുങ്ങി നീണ്ട നാശികയുള്ള നീണ്ട പുരികമുള്ള വിശാലമായ നെറ്റിത്തളമുള്ള ചുറുമയിട്ടതുപോലെ തോന്നുന്ന ദയനാനന്ദകരമായ കല്ലുകളുള്ള നല്ല സുന്ദരമായി തിളങ്ങുന്ന പല്ലുകളോടെ തിങ്ങിയ താടിയുള്ള തിളങ്ങുന്ന മുഖമുള്ള ഇരി നിറമുള്ള ഒരു മനുഷ്യനാണ് ഇമാകുതി എന്ന് പ്രവാചകൻ പറഞ്ഞ് അടയാളം നോക്കുമ്പോ അതാ കഴവാറയത്തിന്റെ കില്ലയുടെ നടുവിൽ കഴവാറയത്തിന്റെ വാതിലിന്റെയും നടുവിൽ തേങ്ങിക്കരയുന്ന നാൽപ്പതോടെ അടുത്ത പ്രായമുള്ള ഒരു മനുഷ്യനെ അബുദാരി കണ്ടെത്തുമെന്ന് ആദരവായ അള്ളാന്റെ ഇമാം ഇമാഹുദി ബഹുറജു ഇമാംദി ഒരു സാധാരണ മനുഷ്യൻ പ്രവാചകന്റെ പറച്ചിലനുസരിച്ച് ഇമാം മഹുദി ഇപ്പോൾ തന്നെ ലോകത്ത് എവിടെയെങ്കിലും ജീവിച്ചിരിക്കാം ബഹുഅറജുലും ആദിയും ഒരു സാധാരണ മനുഷ്യൻ മുഹമ്മദ് ഇമാം മഹദിയുടെ പേര് യഥാർത്ഥ പേര് മുഹമ്മദ് എന്ന അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേര് അബ്ദുള്ള എന്നായിരിക്കും എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫലി വസ് ഇമാം കൽബാറിയത്തിൽ വെച്ചിട്ടാണ് അബ്ദാലുകൾ ഇമാം മഹദിയെ കണ്ടുമുട്ടുക ഇനിയാണ് ലോകാവസാനത്തിന്റെ വലിയ വലിയ അടയാളങ്ങൾ തുടങ്ങുക ഇന്നലെ പറഞ്ഞു ഓർമ്മയുണ്ടാവൂലോലേ ഇന്നലെ പറഞ്ഞു നിർത്തിയത് ഓർമ്മയേണ്ട പണ്ടൊക്കെ വലത്തെ ചെവിക്കിട കേട്ട ഇടത്തെ ചെവിയിക്കട ഇറങ്ങി പോവും ഇപ്പൊ ലോകത്തിന് വേഗത കൂടി ഇപ്പൊ വലത്തെ ചെവിക്കിട കേട്ടാ ആ ചെവിക്കിടത്തന്നെ ഇറങ്ങി പോവും അപ്പുറത്തോട്ടൊന്നും പോകില്ല ഇന്നലെ നമ്മൾ ഇമാം മഹതി അന്വേഷിച്ച് പോകുന്നത് വരെയല്ലേ പറഞ്ഞത് വരാത്തവർക്ക് ചിലപ്പോ ഒരു തുടർച്ച കിട്ടൂല പക്ഷെ ഇനിയും ഞാൻ അങ്ങോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി നിന്നാല് ഈ വിഷയം തീരില്ല ഇമാം മഹുദി കാലയത്തിന് വെച്ച് വരും എന്ന അള്ളാഹുലിന്റെ പ്രവാചകന്റെ പ്രവചനം ഇതിനു മുമ്പ് ഒരു വ്യാജമഹതി വന്നിട്ടുണ്ട് ഇതിനു മുമ്പൊരു വ്യാജമഹതി വന്നിട്ടുണ്ട് മുഹമ്മദ് ബിൻ അബ്ദുൽഹിൽ കഹത്താനി എന്ന് പറയുന്ന മനുഷ്യൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കഴാലയത്തിലേക്ക് ഹറം ഷരീഫിൽ പ്രശ്നങ്ങൾ ഞാൻ ഇമാം മഹുദിയാണെന്ന് സ്വയം അയാൾ പ്രഖ്യാപിച്ചു മുഹമ്മദ് ബിൻ അബ്ദുൽഹിത് കഹുത്താനി ആയിരത്തി തൊള്ളായിരത്തി രാവിലെ വിശുദ്ധമായ മസ്ജിദ്ൽ ഹറാമിൽ ഹറം ഷരീഫിൽ സുബഹി നമസ്കാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആയുധധാരികളായ കുറെ അനുയായികളുമായി മുഹമ്മദ് ബിൻ അബ്ദുള്ള ബിൽ ഹറം ഷരീഫിലേക്ക് ഇരച്ചു സുബൈ നമസ്കാരം നടത്തിക്കൊണ്ടിരുന്ന വസ്തു ഹറാവിനെ ഇമാമിനെ പിടിച്ചുമാറ്റി ആ ഭാഗത്ത് നിന്ന് മൈക്കെടുത്ത് കൈയിൽ വെച്ചിട്ടു മുഹമ്മദിൽ കഹുത്താനി ഞാൻ ഇമാം മഹുതിയാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളുകൾ മുഴുവനും ഞങ്ങൾ അദ്ദേഹം ഇമാം മഹതിയാണെന്ന് സ്വപ്നം കണ്ടു എന്ന് അദ്ദേഹത്തെ വാസ്തവീകരിക്കുകയും ഇത് നടന്നിട്ടധികം വർഷമായിട്ടില്ല അവർ മുപ്പതു വർഷമായിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കടന്നു വന്ന അയാൾ വസ്തുവിൽ ഹറാമ് പിടിച്ചടക്കി വിശുദ്ധമായ ഹറാം ശരീരിലെ സുബഹി നമസ്കാരം നടത്തി ഇമാമിനെ പിടിച്ചു മാറ്റി മൈക്കെടുത്തുവച്ച് ഞാനാണ് ഇമാം അഹ് എന്ന് സ്വയം പ്രഖ്യാപിച്ച അബോ മുഹമ്മദിൽ കഹത്താനി മഹമ്മദ് ബിൻ അബ്ദുള്ളിൽ കഹുത്താനി അവസാനം ഇസ്ലാമിക സമൂഹം മുഴുവനും അസാപ്രദ്ധയോടെ നോക്കിയിരിക്കുമ്പോ സമാധാനത്തിന്റെ ഭവനമായ ഹവം ശിരീഫിൽ അമലം നോവന്നാ ജനാ ഹവം ത്തിന്റെ നാടൻ്റെ സ്ഥിരീകരിച്ച അച്ഛൻ ഹറാമിന് വെടിയൊറ്റ മുടങ്ങുകയാണ് സുരക്ഷാ തോക്കുകൾ വർദ്ധിക്കുകയാണ് പ്രവാചകന്റെ സമാധാനത്തിന്റെ ഭൂമി ഭൂമിന്റെ ഭൂമി പിതാവിന്റെ കാതകനെ കണ്ടാൽ പോലും പകരം ചോദിക്കാൻ കഴിയാത്ത വിശുദ്ധമായ ഹറം ശരീരിന്റെ ഭൂമിയിൽ വെടിയൊറ്റ മുടങ്ങി സുരക്ഷാപരന്മാരുടെ വെടിയെ ാഹിദിനുംബ്ദുഹി കരുത്താനിയും അദ്ദേഹത്തിന്റെ അരിയായികളും ഹറച്ച രീതിയിൽ പിഴഞ്ഞു വീടുമ്പോ പതിനാല് പറയുകയാണ് മക്കാനഗരത്തിലേക്കൊരു മനുഷ്യൻ കിടന്നുവരും അവൻ ഹറമിലോട്ട് കിടക്കും അവൻ കൊലതെയ്യപ്പെടും അവനെ ആരും വിശ്വസിക്കുകയില്ല രണ്ടാമതൊരാൾ അറമിലേക്ക് വരും രണ്ടാമത്തെ ആൾ ദേവാലയത്തിന്റെ വാതിലെ നിൽക്കുമ്പോ അയാളുടെ കയ്യിൽ പിടിച്ച് വയ്യ അബു മുഹമ്മദ് കൽത്താനയുടെ മുഹമ്മദ് പിന്നെ അബ്ദുള്ള കാനിയുടെ വരവിനെ മുൻകൂട്ടി പ്രചരിച്ചുകൊണ്ട് ലോകത്തിന്റെ മുറ്റേ നബി മുഹമ്മദ് മുസ്തഫ അള്ളാണ്ടറത്തൂര് പറഞ്ഞ അതേ പ്രവചനം തന്നെ സഹോദരങ്ങളെ ആയിരത്തി തൊള്ളായിരത്തി എൺപതില് ലോകം കണ്ടതാണ് അബ്ദുൾ മഹമ്മദ് വരവോടുകൂടി യഥാർത്ഥത്തിന്റെയും മക്കാമൈബുഹിമിന്റെയും പുറകില് അവതാരകള് ചെന്നിട്ട് പറയും ഇല്ല നിങ്ങൾ നിരാകരിക്കണ്ട നിങ്ങളിമാ എല്ലാ അടയാളവും നിങ്ങളിൽ നിങ്ങൾ കാണുകയാണ് ഏറ്റെടുക്കുകയില്ല ഉമാമഹുതി പറയുന്നില്ല ഞാൻ മഹുതിയല്ല മഹുതിയല്ല മഹുതിയല്ല അവസാനം അല്ലാണ്ട് റസൂര് പറയുന്നു പന്തന്റെ രാജ്യങ്ങൾ വന്ന അബുദാലുകൾ അദ്ദേഹത്തോട് പറയും ഉമാ മഹുതിയോട് അല്ലാണ്ട് റസൂര് നിങ്ങളെ ഏൽപ്പിച്ച ഉദ്യമ ഞങ്ങളുടെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ് ഞങ്ങളുടെ രക്തം നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളേ കെടുത്തില്ലെങ്കിൽ രാമീയ സമൂഹത്തിന് നേരിട്ടുന്നത് കാണും ഇനി ആരാണ് ബാക്കിയുള്ളതെന്ന് ി കഴിവാളയത്തിന്റെ വാതിലിൽ ഒരു കൈ വിളിച്ചിട്ട് വരത്തേക്ക് ഇമാമഹതി അവരുടെ മുമ്പിലോട്ട് നീക്കുമ്പോ ആ പണ്ഡിതന്മാരും മുഴുവനും ഇമാമഹതിയുടെ കയ്യിൽ പിടിച്ചിട്ട് ഭയക്കുകയും ആ സമയത്ത് ആകാശത്തിൽ നിന്നൊരശീരേണ്ടാവും ഇത് ഇമാമഹതിയാണ് ഇതല്ലാഹ് നിയോഗിച്ച ഇമാ മഹുതിയാണെന്ന് ആദരവായ പ്രവാചകൻ നടി മഴന്നതും സഹോദരങ്ങളെ അള്ളാന്ന് പ്രവാതകൻ പതിനാല് ുഹിലി കുൽ ഉമ്മ കൈവയുഹിരി കുഹാദിയിൽ ഉമ്മ ഈ ഇസുരാമയുടെ കൊടുമുഖത്ത് നശിപ്പിക്കാൻ ആൾക്കാരാകരുക കാരണം എന്തെന്നറിയുമോ അനാവ് വലുഹ ഇതിന്റെ തുണക്കക്കാരൻ ഞാനാണ് വൽമഹുതി വസ്തുഹ ഇതിന്റെ മദ്യത്ത് നിൽക്കുന്നതിമാ മഹുതിയാണ് വൈസാഹുഹാ ഇതിന്റെ അവസാനത്ത് നിൽക്കുന്നത് റൂഹുവാദി ഈസയാണ് മുമ്പിൽ നിൽക്കുന്നത് ഞാനാണറ നടുവിന് താങ്ങിപ്പിടിക്കുന്നത് ഇതിന്റെ അവസാനം നിൽക്കുന്നത് രൂഹവാദി ഈസയാണറ ആർക്കാറിന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ കഴിയുക ആർക്കാറിന്റെ ഇതിലാണ് സമൂഹത്തെ തകർക്കാൻ കഴിയുക എത്ര അബോ ഗോയിലെ ജനിച്ചാലും എത്ര പുറാണകളെ സൃഷ്ടിക്കുന്നാലും എത്ര മുസ്ലിം ചിരച്ചത്തെ നടത്തിയാലും ൾ വർദ്ധിച്ചാലും എത്ര ബോംബുകൾ ഉണ്ടായാലും ആ ഇടക്കണക്കിന് ബോംബുകൾ സംവിധാനിക്കുന്ന ഭന്റെകൻ എത്ര കുടിച്ചു ചേർന്നാലും എന്റെ സമുദായത്തെ നശിപ്പിക്കാൻ എന്റെ സമൂഹത്തെ ഈ ഭൂമിയിൽ നിന്ന് പിടിച്ചു മാറ്റാൻ ഒരു മനുഷ്യനും കാരണം ഇതിന്റെ തുടക്കത്തിൽ നിൽക്കുന്നത് ഞാനല്ലയോ മദ്യന്താണെന്നത് മറുതിയല്ലയോ അവസാനം നിൽക്കുന്നത്യോ ഗംഗാധരമായ പ്രവാചകന് സഹോദരങ്ങളെ ലോകം മുഴുവനും വാർത്ത ഇസ്ലാമിക സമൂഹത്തിന്റെ പൊടു ഇമാവായിമാ മഹതി വരികയാണ് ലോകരാജ്യത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളും ഇമാ മഹതിയെ ബയ്യത്തിനെയോ ലോകം മുഴുവനും ഇസ്ലാമിന്റെ തണവിലോട്ട് കടന്നു വരുന്നു ശാന്തിയും സമാധാനവും തിരിച്ചുവരുന്നു മർദ്ദനസ്ഥലത്ത് വിരക്തമിടപ്പെടുന്നു പിന്നീട് മർദ്ദനങ്ങളില്ല പിന്നീട് പീഡനങ്ങളില്ല ശത്രുക്കളില്ല ലോകം കൊടുവനിമിമാ മഹുതിയുടെ കീട് ഒരു കള്ളമില്ല പൊളിവചനമില്ല ആശാന്തിയില്ല വൈതരണികളില്ല കലാപങ്ങളില്ല കാരുഷ്യതകളില്ല ഒന്നുമില്ലാതെ ഇമാം മഹതിയുടെ പുറകിൽ ലോകം മുഴുവനും ഒരുമിച്ചു കൂടുമ്പോ ഇമാമഹുതി ലോക മുസ്ലിമീങ്ങളുടെ നായകനായി ഇമാമഹുതി ഭരണം നടത്താൻ തുടങ്ങുമ്പോ അതാ ഇമാമഹതിയെ വകപ്പെരുത്താൻ വേണ്ടി യമനിൽ നിന്നും ഇറാഖിൽ നിന്നും ഏതാണ്ട് തൊണ്ണൂറ്റാറായിരത്തോളം വരുന്ന ആളുകൾ തൊണ്ണൂറ്റാറായിരത്തോളം വരുന്ന ആളുകൾ ഇമാം മഹുതിയെ കൊന്നെടുക്കാൻ വേണ്ടി ഒരു സൈന്യം പുറപ്പെടുന്നു ആ സൈന്യം എട്ട് ഭാഗമായിട്ടായിരിക്കും വരിക എട്ടുപേര് കൂടി ുംരോ കുടിയുടെ കീഴിലും പന്ത്രണ്ടായിരം പേര് വെച്ച് തൊണ്ണൂറ്റാറായിരം പേര് അള്ളാഹന്റെ റസൂല് കുറഞ്ഞു ഇമാം മഹദിയെ വകവരുത്താൻ തൊണ്ണൂറ്റാറായിരത്തോളം വരുന്ന സൈന്യം എട്ട് പേര് കൊടി ഓരോ കൊടിയുടെ കീഴിലും പന്ത്രണ്ടായിരം പേരുണ്ടാകും ഈ സംഭവത്തെയാണ് ഇമാം മഹദി അവരോട് യുദ്ധം ചെയ്യും നാല് ദിവസം യുദ്ധം നീണ്ടു ഈ യുദ്ധത്തിനാണ് ഹർമജ്ദൂർ എന്ന് പറയുന്നത് ഈ ഹർ മജ്ദൂർ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ക്രിസ്ത്യാനികൾ അവരുടെ ബൈബിളിൽ ഹർ മജിദൂനെക്കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ ഒരു പരാമർശമുണ്ട് ഭൂതങ്ങൾ അവരെ ഹെർ മഹദോൻ എന്ന പേരുള്ള സ്ഥാനത്ത് കൂട്ടിച്ചേർത്തു എന്ന് ബൈബിളിന്റെ വെളിപാട് പുസ്തകത്തിൽ ഹർ മജിദൂൻ എന്ന് പറയുന്ന ഒരു യുദ്ധം നടക്കും ഇമാം മഹദി തന്റെ എതിരാളികളെ പരാജയപ്പെടുത്തും എന്ന് അത് ഈസാനബിയുടെ വരവിന് തൊട്ടുമുമ്പാണ് അതോടുകൂടിയാണ് ഈസാനബി ലോകത്തോട്ട് തിരിച്ചു വരുന്നത് എന്ന് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ക്രൈസ്തവരാണ് അതുകൊണ്ട് തന്നെ അവർ ബൈബിളിൽ ഹെർ മെഹദോൻ എന്നാണ് ഈ വാക്കിന് പറയുന്നത് അറബി ഭാഷയിൽ ഹർ മജ്ദൂൻ എന്ന് പറയും ഹർ മജ്ദൂൻ എന്ന് പറഞ്ഞാൽ ഹർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പർവ്വതം എന്നാണ് മജ്ദൂൻ എന്ന് പറഞ്ഞാൽ ഇസ്രയേലിലെ മജിദ്ദൂൻ പർവ്വതത്തിന്റെ പ്രാന്തപ്രദേശത്ത് വെച്ച് ഇമാം മഹിതിയുമായി നടക്കുന്ന ഈ യുദ്ധത്തെയാണ് ഹർ മജ്ജിദൂൻ എന്ന് പറയുക ഈ ഹർ മജിദൂവിന് ശേഷമാണ് ഈസാനതി ലോകത്തോട്ട് വരുന്നത് അതുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഇപ്പോഴും ഓ ജീസസ് കം ഓ ജീസസ് കം യേശുവേ കടന്നു വരൂ കടന്നുവരൂ കടന്നുവരൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാന്റെ റസൂല് പറഞ്ഞത് എത്രയോ ശരിയാണെന്ന് നോക്കി ഇനി ഈ പ്രവചനത്തെ കുറിച്ച് പറയുന്നത് സെപ്റ്റംബർ പതിനൊന്നിന്റെ വേൾഡ് ട്രേഡ് സെന്റർ അക്രമത്തോടു കൂടിയാണ് ഇസ്ലാമിക രാജ്യങ്ങൾക്കെതിരെയുള്ള ഇസ്ലാമിക സമൂഹത്തിനെതിരെയുള്ള ധ്രുവീകരണം ഉണ്ടാകുന്നതെന്ന് നോസ്ട്രാഡമസ് ഫണ്ട് പ്രവചിച്ചിട്ടുണ്ട് നമുക്ക് അറിയാവുന്ന ഒരാളാണ് നോസ്ട്രാഡമസ് അറിയൂ ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ പ്രവചകനാണ് പ്രവചകൻ പ്രവാചകനല്ല പ്രവചകൻ പല കട നടക്കാനിരിക്കുന്ന ധാരാളം കാര്യങ്ങൾ പ്രവചിച്ച ഒരാളാണ് നൊസ്ട്രാഡമസ് ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും ഏറ്റവും കാളുകൾക്ക് മുമ്പേ നൊസ്ട്രാഡമസ് പ്രവചിച്ചിരുന്നു അയാൾ പ്രവചിച്ച സമയത്ത് തന്നെ ഒന്നാം ലോകമഹായുദ്ധവും നടന്നു രണ്ടാം ലോകമഹായുദ്ധവും നടന്നു നൊസ്ട്രാഡമസിന്റെ പ്രവചനത്തിന്റെ അതേ സമയത്ത് ഒന്നാം ലോകമഹായുദ്ധം രണ്ടാം ലോകമഹായുദ്ധവും നടക്കുന്നത് മൂന്നാം ലോകം ആയുധം ഉണ്ടാകുമെന്ന് നൊസ്റ്റാഡമസ് പ്രവചിച്ചിട്ടുണ്ട് അതിന് അദ്ദേഹം പറഞ്ഞ കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെപ്റ്റംബർ പതിനൊന്നിന്റെ വേൾഡ് ഏഴ് സെപ്റ്റംബർ അക്രമമൊക്കെ നടക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് നൊസ്റ്റാഡമസ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം പ്രവചിച്ചു യൂറോപ്പിൽ വലിയ ഉയരമുള്ള ഒരു ടവർ അതിന്റെ ഇടതും പുതുനൂറ്റാണ്ടിലെ ഒമ്പതാം മാസം ആ ഒമ്പതാം മാസത്തിൽ നാൽപ്പത്തഞ്ച് നിലയ്ക്കുമേൽ മരണത്തിന്റെ ദൂതൻ ആകാശത്തെ അഗ്നി സമാനമാക്കും യോർക്ക് പട്ടണത്തിലെ പുതിയ പട്ടണത്തിൽ പുകപടലം നിറയും ടവർ നിലംപതിക്കും കോട്ട നിലംപരിശാകുന്നതോടുകൂടി രാജ്യത്തെ പരമാധികാരി പറയും മൂന്നാം ലോകമഹായുദ്ധം ആഗതമായി പറയുന്നു സെപ്റ്റംബർ പതിനൊന്നിന്റെ വേൾഡ് ട്രേഡ് സെന്റർ അക്രമ നടക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ഒസ്താടമസ പ്രവചിക്കുകയാണ് പുതുനൂറ്റാണ്ടിലെ ഒമ്പതാം മാസം ന്യൂയോർക്കിലെ നാൽപ്പത്തഞ്ച് നിലയുള്ള യോർക്ക് പട്ടണത്തിലെ കെട്ടിടത്തിന്റെ മുകളിൽ മരണദൂതൻ അഗ്നിയുടെ ചിറകുമായി കടന്നുവരും ഒസ്താടമസിന്റെ പ്രവചനം തന്നെ അറബി ഗ്രന്ഥങ്ങളിൽ നിന്നാണ് നമ്മളൊക്കെ അവഗണിച്ചു പോയ സത്യങ്ങൾ ഉള്ളാവ് മനസ്സിലാക്കാൻ ഉത്തേക്കുന്ന എനിക്ക് അനുഗ്രഹിക്കട്ടെ ഇതൊരു തുടർ വിഷയമാണിത് ഇമാം മഹിദിയുടെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞു ഇനിയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ നടക്കാൻ പോകുന്നത് യമനിൽ നിന്നും ഇറാഖിൽ നിന്നും വരുന്ന സൈന്യത്തെ ബഹുമാനപ്പെട്ട ഇമാം മഹിദി അലേ തോട്ടോടിക്കും ഇമാം മഹതിയുടെ ഭരണത്തിന്റെ കീഴില് രാജ്യം മുഴുവന് സമാധാനവും നീതിയുമെല്ലാം പുലരും ലോക മുസ്ലിമിയങ്ങളും കൂടി വരും ആശ്വാസത്തോടെ തങ്ങളുടെ ഘട്ടകാലങ്ങൾ കറുതിയായി വറുതിയായി എന്ന ആഗ്രഹത്തോട് ലോകത്തുള്ള മുഴുവൻ ആളുകളും വലിയ ആഗ്രഹത്തോടെ കടക്കുമ്പോഴാണ് ഇസ്ലാമിക സമൂഹത്തിന് തന്നെ ഏറ്റവും വലിയ അച്ഛനി പോലെ ലോകം കണ്ട ഏറ്റവും വലിയ പിറ്റില ഇമാലാബു വസ്സലാം ഇമാലാ ഇസ്ലാമിക സമൂഹത്തിന് സുസ്ഥിരമായ ഭരണം കൊടുക്കുമ്പോഴാണ് അച്ഛനിപാതം ചെയ്തതുപോലെ ലോകമുള്ള ഏറ്റവും വലിയ പിത്തിന ഇസ്ലാമിക സമൂഹം ഒരു നടുക്കത്തോടെ മാത്രം ഓർക്കാൻ ആഗ്രഹിക്കുക ലോകത്തിന്റെ ഏറ്റവും വലിയ പിന്നല്ലാതെ പ്രവാദകൻ പരിതയപ്പെടുത്തിയ യാച്ചാറ് പുറപ്പെടുകയാണ് ഇറാഖിന്റെയും ശ്യാമിന്റെയും ഇടയിൽ നിന്ന് ശ്യാമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ജോർദാൻ പലസീന് സിറിയ ലബനാനടക്കമുള്ള അന്ന് പ്രവാചകൻ ശ്യാമെന്ന് പ്രത്യേകിക്കുന്നത് ഇന്നത്തെ ജോർദാൻ സിറിയ അടക്കമുള്ള ലബനാനടക്കമുള്ള ഇറാഖിന്റെയും ശ്യാമിന്റെയും ഇടയിൽ നിന്നതാ ലോകത്തിലേക്കിനെ നല്ലാൻ റസൂര് പരിചയപ്പെടുത്തിയ അഞ്ചത്ത് നിസ്കാരം കഴിഞ്ഞ് കള്ളാൻ റസൂർ കാരണെ തേടിയാ അള്ളാഹും മൈന്നൗ ദക്കമിത്തു മഹിയാ വൽമൗദുരുക്കമിന് പിച്ചിരത്തിൽ മതി അള്ളാഹു ത്തിന്റെ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ ഒനഴുതിരുത്തമിന് ഭിത്തിനത് അമീ ഗജ്ജാ ഗജ്ജാരിന്റെ ഭിത്തിനും ഞങ്ങളെ നീക്കാക്കണേയല്ല വിടുത്തെപ്പെട്ട ഭാര്യ ആയിഷ പ്രതിയല്ലേ എപ്പോഴും പറയുമാണ് ഇരുപത്ര ലോകം വരുന്ന എനിക്ക് ശേഷം വരാനിരിക്കുന്ന ഇച്ചിരാമേക സമൂഹം കാണുന്ന ഏറ്റവും വലിയ വിത്തിന് അത് കുറഞ്ഞു അസീഹിച്ച ഭാഗത്ത് നിന്നാണ് ബച്ചാർ പുറപ്പെടുന്നത് ആ ബച്ചാർ ലോകത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവന്റെ വലത് കയ്യിൽ നരകമാണ് ഇടത് കയ്യിൽ സ്വർഗമാണ് അവന്റെ യഥാർത്ഥ സ്വർഗം നമ്മൾ യഥാർത്ഥ നരകമാണ് അവന്റെ കയ്യിലിരിക്കുന്ന നരകം അല്ല യഥാർത്ഥ സ്വർഗമാണ് ആ ബച്ചാൽ ആദ്യം ഞാൻ അമ്മയാണെന്ന് വാദിക്കാൻ അള്ള വിശ്വസിക്കതാ എന്ന് പറഞ്ഞ് സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന മുസ്ലിമീങ്ങളുടെ േര് പറയും അള്ള എന്നിട്ട് അള്ളയാണെന്ന് തെളിയിക്കാൻ അമാനുഷികമായ കുറെ കാര്യങ്ങൾ കാണിക്കും ആകാശത്ത് തീമര വയ്യുമത്രേ തീക്കാറ്റ് വർഷിപ്പിക്കുമത്രേ ആകാശത്ത് നിന്ന് തച്ചാർ തീമര വയ്യപ്പിക്കും ഒരു മനുഷ്യനെ പിടിച്ച് രണ്ടായിട്ട് കീറിയിട്ട് ആ കീറിയ മനുഷ്യനെ ഒട്ടിച്ച് ചേർത്ത് ചെരുന്നേൽക്കാൻ തച്ചാർ പറയുമ്പോ രണ്ടായി മരിച്ചു കീറിയ മനുഷ്യനെ ഒട്ടിച്ചു കാണിച്ചെരുന്നേൽപ്പിച്ചു വിട്ടിട്ട് പറയും സമൂഹത്തിന്റെ മുകളിലൂടെ ഇസ്ലാമിക സമൂഹത്തിന്റെ മുകളിലൂടെ തേരോട്ടം നടക്കുമ്പോ വിശ്വസിക്കാത്ത മുസ്ലിമീങ്ങളെ തീരോട്ട് വലിച്ചെറിയുമ്പോ ഗജാലിയമനിൽ നിന്ന് പുറപ്പെടുക പുറപ്പെടുകയാണ് ഇസ്രാമെന്ന് സമരമെത്തുമ്പോ ഗജ്ജാലിന് പുറകെ എഴുപത്തിരണ്ടായിരത്തോളം ജൂരന്മാര് പുറകെ കൂടും സഹോദരങ്ങളെ ജനങ്ങള് ഇന്നും ബലത്തീരിന്റെ മക്കളെ തച്ചട കിടക്കുന്ന ചൂടപ്പലിശകള് ആ ദൂരപ്പലിശകള് തച്ചാരിന്റെ പുറകെ അറിഞ്ഞിരക്കാനുള്ളവരാണ് എഴുപത്തി രണ്ടായിരത്തോളം ചൂടന്മാരക പരിശീലിക്കുമ്പോ ആ ബച്ചാറ് ലോകത്തുകൂടി കടന്നു കയറ്റം നടക്കുമ്പോ ഇച്ചുരാമീക സമൂഹം മുഴുവനും പേടിച്ചലണ്ടു നിൽക്കുമ്പോ ഇമാമഹുതിയോട് ജനങ്ങള് പറയും ഇമാമഹൃതിയെ ഇതാ തച്ചാർ പുറപ്പെട്ടിരിക്കുകയാണ് ഇതാ ജച്ചാർ പുറപ്പെട്ടിരിക്കുകയാണ് ാണ് ഇമാല ഇസ്ലാത്തു വസ്സലാം മുസ്ലിമീങ്ങളുടെ സേനയുമായിരുന്നു ഇമാമഹു പുറപ്പെട്ട് പുറപ്പെട്ട് ഇമാല ഇസ്ലാത്തു വസ്സലാമും അത്തര നമസ്കാരത്തിന്റെ സമയമാകുമ്പോ പള്ളിയിലെത്തിയ ഇമാല ഇസ്ലാത്തു വസ്സലാം അതാ അസറിന്റെ സമയമായിട്ട് യും പാങ്ക് വിളിക്കുക തിരുഷ്കര പള്ളിയിൽ അസറിന്റെ പാങ്ക് മുടങ്ങി ഇക്കാവത്ത് പിടിക്കാൻ വേണ്ടി ഹിമാമഹുതി ഒന്നാമത്തെ സത്തിലും മുസ്ലിമീങ്ങൾ മുഴുവനും തിരുഷ്കര പള്ളി മുഴുവനും വല്ലാതെ നിറഞ്ഞിരിക്കുമ്പോ അതാ ബാങ്കിന്റെയും ഇക്കാമത്തിന്റെയും ഇടയിലുള്ള സമയത്തിൽ ഇരിക്കുമ്പോ പെട്ടെന്നതാ ആകാശത്തിനെന്നൊരു വല്ലാത്ത ശബ്ദം കേൾക്കുന്നു സഹോദരങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കുക ആകാശത്തിനെന്നൊരു വല്ലാത്ത ശബ്ദം കേൾക്കുന്നു ഇക്കാമത്തും പ്രതീക്ഷിച്ചുകൊണ്ട് പള്ളി ഇമാകു മുണക്കിന് മുസ്ലിമീങ്ങൾപ്പള്ളിയുടെ വാതിലിലൂടെ പരിചാരൻ ചക്രവാളത്തിലേക്ക് നോക്കുമ്പോ അതാ ആകാശം മുഴുവനും വെള്ളി താരകങ്ങളും ഭൂമി മുഴുവനും പ്രകാശിച്ചതുപോലെ ആകാശത്തു വല്ലാത്ത പ്രകാശം ഭൂമിയിലേക്ക് ഇറങ്ങിയതുപോലെ ഭൂമി മുഴുവനും ഒരു തവള പ്രകാശത്തിന് കുളിച്ചതുപോലെ ആകാശലോകത്തിന് മാറിടം കീഴിക്കൊണ്ടു നേരി ത്തിൽ ലക്ഷക്കണക്കിന് മലക്കുകൾ അതാ ഭൂപിയോത്തിറങ്ങുന്നു ആ ലക്ഷക്കണക്കിന് മലക്കുകളുടെ തൊട്ടുപറകിലതാ സൂര്യബോധക്കോലി ബഹുമാനപ്പെട്ട ഈ അതാ ലക്ഷക്കണക്കിന് നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് മലക്കുകളുടെ അകമ്പടിയോടുകൂടി ഇടകരത്തിൽ നിന്നിനാളത്തിൽ ബൈവാ ിൽ തറച്ചെന്ന് പറഞ്ഞി കുത്തു കുരിച്ചു മൊഴിയെന്ന് പൂരന്മാര് പറഞ്ഞ ഈസാനവി ഈസാനവെല്ലി മേഘങ്ങളുടെ നടുവ് എന്നെ കൊന്നിട്ടില്ലടാ എന്നെ ക്രൂശിച്ചുടാ ഇതാ ഞാൻ ഇറങ്ങി വരുന്നു എന്ന് ചരിത്രത്തിന്റെ ദശാസുന്തിയില് ബഹുമാന ഇന്നും പള്ളിയുടെ ഇടത്തെ മിനാരത്തിലൊരു ഗോവണിയുണ്ട് ബഹുമാനപ്പെട്ട ഈസാനദിക്ക് പള്ളിയിലേക്ക് ഇറങ്ങി വരാ ആളുകൾ മുസ്ലിമീങ്ങൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ അലേ ഗുസലാ പള്ളിയിലോട്ട് കടന്നു വരുമ്പോ ഇമാിട്ട് മുസാപകത്ത് ചെയ്യുമ്പോ ഒരു ചരിത്രത്തിന്റെ അനിവാര്യത പോലെ പള്ളിയിലേക്ക് ഇമാമത്ത് വടങ്ങി ഇമാമഹതി പറന്ന് നിങ്ങൾ ഇമാമത്ത് നിൽക്കണേ ഈ താനവിയെ നിങ്ങൾ ഇമാമായി നിൽക്കണേ ഈ താനവി പറയും ഇല്ല ഇല്ലയില്ല തല്ലി പിന്ന ഹിമാനപ്പെ നിൽക്കും ഹിമാഹതിയുടെ പുറകുഭാഗത്ത് കൈകെട്ടിക്കൊണ്ട് ഈസാ നബി നമസ്കാരം നിർവഹിക്കുന്നുണ്ട് ഈസാനബി അലേലാ ലോകാവസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമാണ് ഈസാനദി തിരിച്ചു വരിക എങ്ങനെ ഈസാൻ നബി തിരിച്ചു വന്നു ഇത് ചരിത്രത്തിലെ ഒരു വലിയ പ്രശ്നമാണ് കാരണം ക്രൈസ്തവ സമൂഹം പറഞ്ഞു ഈസാ നബി ക്രൂശിക്കപ്പെട്ടു ജൂതന്മാര് പറഞ്ഞു ഈസാൻബിയെ ഞങ്ങൾ കൊന്നു ഈസ ചത്തു ജൂതന്മാർക്ക് ഏറ്റവും ദേഷ്യമുള്ള പ്രവാചകനാണ് ഈസാനബി ജൂതന്മാർ പറഞ്ഞു ഈസാനബിയെ കൊന്നത് ജൂതന്മാരാണല്ലോ ഈസാനബിയെ കൊന്നത് ജൂതന്മാരാണ് യൂദാസിനെ വിലക്കെടുത്ത് മുപ്പത് വെള്ളിക്കാശ് കൊടുത്ത് യൂദാസന് യൂദാസും കൊടുത്ത മുപ്പത് വെള്ളിക്കാശ് എങ്ങനെയുള്ള കാശ് ആയിരുന്നു ഇന്നത്തെ വെള്ളിക്കാൻ യൂദാസിന് മുപ്പത് വെള്ളിക്കാശ് കൊടുത്ത് തന്റെ ഗുരുവിനെ ഒറ്റപ്പെടുക്കാൻ യൂദാസിന് യൂതന്മാർ കൊടുത്ത വെള്ളിക്കാശ് എങ്ങനെയുള്ള കാശായിരുന്നു യൂദാസിനു കൊടുത്ത വെള്ളിക്കാറ്റിന്റെ ഒരു ഭാഗത്ത് ഒരു ദേവന്റെ ചിത്രമാണ് മറുഭാഗത്ത് കഴുകന്റെ ചിത്രം യുദാസിന് കൊടുത്ത വെള്ളിക്കാറ്റ് എങ്ങനെയായിരുന്നു ഒരു ഭാഗത്ത് ദേവന്റെ ചിത്രം ഒരു ഭാഗത്ത് കഴുകന്റെ ചിത്രം പുഞ്ചിരിച്ചു കൊണ്ട് യൂദാസിന് കിട്ടിയ പ്രതിഫലം ദേവന്റെ പുഞ്ചിരിയോടെ കഴുകന്റെ കണ്ണ് കണ്ട യുദാസ എന്നായിരുന്നു ചരിത്രം എൻസൈക്ലോപീഡിയ ബഹുമാനപ്പെട്ട ഈസാനിന്റെ അലൈഹിത്തു വസ്സലാമിനെ കൊല്ലാൻ തീരുമാനിച്ചു യൂതസമൂഹം ആ കഥയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവല്ലോ ചരിത്രമൊക്കെ കുറാൻ പറയുന്ന അപ്പൊ അതും കൂടി ഒറ്റ കാര്യം ഇതിന്റെ അള്ളാഹു എന്തിനാണ് ഈസാ നബിയെ രണ്ടാമത് ഇറക്കുന്നത് ഊർഹാൻ എന്ന് പറയുന്നു നമുക്ക് നോക്കാം ഈസാ നബി അലൈഹി സ്വലാത്തു ജന്മം കൊണ്ട് തന്നെ ധാരാളം പ്രത്യേകതയുള്ള ആളാണ് വാപ്പയില്ലാതെ ജനിക്കപ്പെട്ട ആളാണ് ഈസാ നബി അലൈഹി സ്വലാത്തു ആ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ധാരാളം ധാരാളം അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട് ഈസാനതി അലൈഹി സ്വലാത്തു വസ്ലാമൻ അള്ളാഹു ധാരാളം ഉചിതത്ത് കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാ عَنِّي أَخْلُقُ لَكُم مِّنَ الطِّينِ كَأَصْغَى هَيْئَةِ طَيْرٍ فَأَنْفُخُ فِيهِ بِرُوحِي فَيَكُونُ طَيْرًا بِإِذْنِ اللَّهِ وَأُبْشِرُكُم بِمَا حَمَلَتْ أَحْوَارُهُ الْمَوْطِبِ بِنِلًى وَأُنَبِّئُكُم بِمَا تَكُونُونَ وَمَا كُنْتُمْ تَخْتَرُونَ അള്ളാഹുവിന്റെ ഖുറാൻ പറയാണ് ഈസാനവിക്ക് ലാ കൊടുത്ത ബോധ്യസബന്ധ ഏതെങ്കിലും കളി മണ്ണുകൊണ്ടൊരു പക്ഷി ഉണ്ടാക്കിയിട്ട് ഈസാനവി ആ പക്ഷിയോടൊന്ന് പറക്കാൻ പറഞ്ഞാൽ താൻ പ്രസു ആ പക്ഷിയുടെ മുകളിലേക്ക് ഈസാനവി നൂതിക്കഴിഞ്ഞാൽ മണ്ണുകൊണ്ടുണ്ടാക്കിയ പക്ഷി തയ്യപ്പോ തൈറം വീതിലില്ല ആകാശത്തുകൂടി ചിറകികൾ ഉപയോഗിച്ച് പറന്നു പോകുമായിരുന്നു മാത്രമോ ഇത് മാത്രമല്ല മൗസാ ബീതിലില്ല മരിച്ചു കിടക്കുന്ന ആളുകളോട് ഈസാനവി എഴുന്നേൽക്കാമെന്ന് പറഞ്ഞാൽ അള്ളാഹി സംഭവത്തോടുകൂടി മരിച്ചു കിടക്കുന്നവരെ ഈസാനവി എഴുന്നേൽപ്പിക്കുമായിരുന്നു അത്രേ ഇത് കണ്ട് ആയിരക്കണക്കിന് ആളുകൾ ഇസ്ലാമിലോട്ട് കടന്നു വന്നപ്പോ ജൂതന്മാർക്ക് വരളി പിടിച്ചു ഒരിക്കൽ ഈസാനബിയുടെ അടുക്കൽ വന്നിട്ടൊരു സംഭവം കുറവാൻ പറയുന്നുണ്ട് ഈ സാനവിയുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു വത്രേ ഈസാ മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞുപോയ ആളെ എന്നെ നിനക്ക് കുടിമാണത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ കഴിയൂ മൂന്ന് ദിവസം കഴിഞ്ഞ ആള് ഈശാനവി യാത്ര പോയി മൂന്ന് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഈസാനവിയുടെ ഒരു കൂട്ടുകാരൻ മരണപ്പെട്ടുപോയി അദ്ദേഹത്തിന്റെ മകള് പൊട്ടിക്കലഞ്ഞുകൊണ്ട് ഈശാനബിയോട് വിവരം പറഞ്ഞപ്പോ ഈശാനവി പറഞ്ഞ നിന്റെ പിതാവിന്റെ കപട് കാണിച്ചു തരിക ദിവസം മുമ്പ് മരണപ്പെട്ടു പോയതിന്റെ കൂട്ടുകാരന്റെ കബരടത്തിന്റെ താരത്ത് നിന്നിട്ട് ഈസാനവി പറഞ്ഞത് അത്ര കുമ്പി ഇതിനില്ല അള്ളാന്റെ അനുമതിയോടെ എഴുന്നേൽക്കുക മരിച്ചുപോയ മനുഷ്യൻ കവറത്തിൽ നിന്ന് മണ്ണ് മാറ്റിയിട്ട് എഴുന്നേറ്റ് വരുമ്പോ ബഹുമാനപ്പെട്ട ഈസാനവി അരേ ഹിസ്ലാത്തുവരാ സഹോദരങ്ങളെ വിനാപയാത്ര നടന്നു പോവുകയാണ് ഒരു മനുഷ്യൻ ഈസാനവിയുടെ കാലത്ത് മരിച്ചു അയാളുടെ വിനാപയാത്ര കവറത്താൽ കൊണ്ടുപോവുകയാണ് ആ മരിച്ച മനുഷ്യന്റെ മുമ്പിൽ ഭാര്യ മക്കള് പൊട്ടിക്കരയുകയാണ് ആ സമയത്താണ് ഈസാനവി കടന്നു വരുന്നത് യായ ഭാര്യസന്ധാനങ്ങൾ ചോദിച്ചുവത്രേ അത്ഭുതങ്ങൾ കാണിക്കുന്ന മഹാത്മാവേ ഈ സാനവിയെ പിതാവിനെ കൂടിയൊന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ ഈ സാനവി മഞ്ചക്കിലേക്ക് നോക്കിയിട്ട് മരിച്ചു മലർന്നു കിടക്കുന്ന വെള്ളത്തുണിയിൽ കിടന്നു കിടക്കുന്ന മയ്യത്തിനോട് പറഞ്ഞു കൊങ്കി ഇതിനെല്ലാ തച്ചാലുമായിട്ടുള്ള ഈസാനവിയുടെ യുദ്ധം അറിയണമെങ്കിൽ ഇത് കൂടി പൊളിക്കണം ആളുകൾ ചുമന്നുകൊണ്ടുപോകുന്ന സന്തൂക്കുകെട്ടിലിന്റെ മുകളിൽ മരിച്ചുപോയ ആൾ എഴുന്നേറ്റനെന്നോ തന്തവര് പേർ സന്തൂക്കു കെട്ടിലും താഴെ ഇട്ടിട്ട് പിറങ്ങി ഓടിയെന്നാണ് ആ മനുഷ്യനാണെങ്കിലോ കപ്പം തുണിയെല്ലാം അടിച്ചു മാറ്റിയിട്ടെഴുന്നേറ്റനെന്നോ നേരെ ചിരിച്ചിട്ട് അയാൾ നിന്റെ വീട്ടിലോട്ട് പോകാൻ തുടങ്ങി ആ സമയത്തീസാനപി പറഞ്ഞു ആ സമയത്തീസാനപി പറഞ്ഞു ഇവിടേക്ക് പോവുകയാ ഞാൻ എന്റെ വീട്ടിലോട്ട് പോവുകയാണിത്തരേ ഈ കട്ടിലും കൂടെ എടുത്തുകൊണ്ടുപോവുക ആരാണ് എടുത്തുകൊണ്ടുപോകുന്നത് ൊണ്ടുവന്ന കട്ടില് തുകൊണ്ട് ആ മനുഷ്യൻ തിരിച്ചുപോയിമാർക്ക് വിരലി പിടിക്കാൻ തുടങ്ങി ആയിരക്കണക്കിന് ആളുകൾ മൂലത്ത് കണ്ടിട്ട് സിരാമിലോട്ട് വരുന്നു മരിച്ചിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞവരെയല്ലേ നിനക്ക് ജീവിപ്പിക്കാൻ കഴിയൂ അങ്ങനെ ഞാൻ നിനക്ക് മാനുഷ്യ ശക്തിയുണ്ടെങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയാ മകനായ സാമിനെത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു തരുമോ സാമു മരിച്ചിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞു ഈ സാനി പറഞ്ഞു എവിടെയാണ് സാമിന്റെ കബറൊന്ന് കാണിച്ചു തരുമോ ആളുകൾ കാണിച്ചു കൊടുത്തു ആ കബറിന്റെ അടയാളം പോലും എവിടെ ബാക്കിയില്ല മരിച്ചിട്ട് നൂറ്റാണ്ടാണ്ടുകൾ കഴിഞ്ഞ മണ്ണ് ചേർന്നു പോയാ അവശിഷ്ടങ്ങൾ ബാക്കിയില്ലാത്ത സാമിന്റെ കബറിന്റെ ഇടുക്കൽ ഈ സാന പിന്നോ ആളുകൾ മുഴുവനും ोड़ सप्तर में कल आबरने नोकी वे कंपिदि ോടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ ഭൂവിനബിയുടെ മകനായ സാവ അവരിടത്തിൽ നിന്ന് ചാടി എടുമേറ്റിന് കണ്ടിരുന്ന ആളുകളൊന്നതെണ്ണം പറഞ്ഞു അറ്റതുമല്ല ഇതാകില്ല വാഞ്ഞി ആയിരക്കണക്കിന് ആളുകളാണ് എട്ട് ദിവസം കൊണ്ട് മുസ്ലിമായത് ഈ സാനവി മോഹിന മകനാനവിയുടെ മകനായ പറഞ്ഞു സാമേ എന്റെ മോചിതത്തിൽ ആളുകൾ സംശയം പ്രകടിപ്പിച്ചപ്പോ നിങ്ങനാ കബറിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതാണ് ഇനി കവറിലേക്ക് തന്നെ മരിച്ചിട്ട് തിരിച്ചുപോയിക്കൊള്ളുക ആ സമയത്ത് രൂഹിനിയുടെ മകനായ സാമു പറഞ്ഞവർ ഇല്ല ഈ സാനവിയെ ഞാൻ ഇനി കവറിലേക്ക് തിരിച്ചു പോകുന്ന പ്രശ്നമില്ല ഞാൻ മരിച്ചു കിടന്നതല്ലേ ഞാൻ മരണമറിഞ്ഞവനല്ലേ എന്തിനാണ് നിങ്ങളെന്ന് ഏതേൽപ്പിച്ചത് ഇനി ഞാൻ തിരിച്ചു പോകുന്ന വസ്തുവല്ല ഈ സാനി വല്ലാതെ വിഷമതത്തിനായി എന്റെ തിരിച്ചു പോകുന്നില്ലേ ആ സമയത്ത് താമു പറഞ്ഞ ഒരു മറുപടി സന്ദർഭോചിതമായിട്ട് എന്റെ പ്രിയപ്പെട്ട സദസ്സിനോട് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് താമു പറഞ്ഞവരെ ഈ സാനതിയെ തിരിച്ചു പോകാൻ മടിയുണ്ടായിട്ടല്ല എനിക്ക് ജീവിക്കാനൊരിക്കൽ കൂടി കൊതി ഉണ്ടായിട്ടില്ല എനിക്കിനി മരിക്കാൻ മനസ്സില്ല ഈ എന്തെന്നറിയുമോ ഒരൊറ്റ പ്രാവശ്യം മരണത്തിന്റെ വേദന ഞാൻ അനുഭവിച്ചവനാണ് സക്കറാത്തിന്റെ വേദന ഇനി ഒരിക്കൽ സക്കറാത്ത് അനുഭവിക്കാം ഇനി ഒരിക്കൽ മരണത്തിന്റെ വേദന അനുഭവിക്കാ എനിക്ക് കഴിയില്ല ഇസാ മരണവേദന എങ്ങനെയാണോ ഒന്നനുഭവിച്ചവൻ പിന്നെ ഒന്നുകൂടി അനുഭവിക്കാൻ നഷ്ടപ്പെട്ടു പോകും ഒരിക്കൽ സക്കറാത്തിന്റെ വേദന അനുഭവിക്കാൻ ഒരിക്കൽ കഴിയില്ല അതുകൊണ്ട് ഞാൻ മരിക്കണമെങ്കിൽ അല്ലാത്ത ഇനി ഒരിക്കൽ തീരെ എനിക്ക് മരണവേദന ഒഴിവാക്കി തരുമോ സഹോദരങ്ങളെ ഇങ്ങനെ അയുധങ്ങളുടെ പരമ്പര തീർത്ത ഈസാനദി ഈശാനദിയെ കൊല്ലം തീരുമാനിച്ചു ദൂതന്മാർ ഈസാനദി അലേ ഈസലാത്ത് ബസ്വലാമിനെ പോലെ ധാരാളം ആളുകളുണ്ട് ഏതാണ് ഈസാനവി എന്ന് തിരിച്ചറിയാൻ കഴിയില്ല അതുകൊണ്ടാണ് യൂദാത്തിന് മുപ്പത് ാശ് കൊടുത്തത് ഈസാനവിയും അമ്മോസ്കരന്മാരും ഈസാനവിയിലെ അതേ ചായയുള്ള ധാരാളം ആളുകളുണ്ട് യൂദാസിന് വെള്ളിക്കാശ് കൊടുത്തതെന്തിനറിയുമോ ഗുഹയ്ക്കകത്ത് ഈസാനവിയും കൂട്ടുകാരും ഇരിക്കുകയാണ് കൊല്ലാൻ വേണ്ടി ചൂതന്മാര് വരുമ്പോ യഥാർത്ഥ ഈസയാർ എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം മുപ്പത് വെള്ളിക്കാശിന് യൂദാസിന് വിലക്കെടുത്ത് ചൂതന്മാര് ഈസാനവിയെ കൊല്ലാൻ ഗുഹക്കകത്തേക്ക് കയറിയപ്പോ ആ സമയത്ത് യൂദാസ് ഇന്നളാണ് ഈ नबी ने फरियान कैद होने पे अल्लाह बिनते विसुतमाए कुरान फरियाया व कउरीहिम मिनना कतलना ईसा बिनम इन्ना कतलल मसीह ईसा बिन मरियम रसूल अल्लाह യൂദാസ് ചൂണ്ടിക്കാണിച്ച ആളെ പിടിച്ചു കെട്ടി ആ പിടിച്ചു കെട്ടിയ ചൂതന്മാരെ ആ പിടിച്ചു കെട്ടിയ പർവ്വതത്തിന്റെ മുകളില് ആസ് ചൂണ്ടിക്കാണിച്ച ആളെ കൊണ്ടുപോയി ആ മനുഷ്യനെ ആണികൊണ്ടുമുള്ള ആണികൊണ്ട് കുരിശിന് തെറച്ചു രാത്രി സമയത്ത് കൃത്യ ക്രൈസ്വ വന്നു നോക്കുന്നു ഈസാനവിയെ കാണുന്നില്ല ക്രൈസ്തവര് പറഞ്ഞ ദൂതന്മാര് ഈസയാണ് കുരിശിന് തറച്ചത് ചൂതന്മാര് പറഞ്ഞു ഞങ്ങളീത്തേ കൊന്നു ഞങ്ങളേശ്വരനെ കൊന്നു അല്ലാണ്ട് വിശുദ്ധമായ ഖുറാനുള്ള ആകുവായ തറകേ ഇല്ല നബിയേ ഇല്ല നബിയേ ഇല്ലനബിയേ عبدالعند قرآن بمدتان نبيه الله عند قرآن برد إلا وما قتلوه وما سلبوه ولكن شبها لهم الله عند قرآن اقتمعي برد إلا وما قتلوه يصانب يدود الماركون تلا ولات وما سلبوه يصانب عيشو كريستو بنعال كريشو لسردتهم إلا ولكن شبها لهم يودا فينا ാണ് അള്ളാഹു സുനുഭൂത്താലാ തന്റെ പ്രവാചകനെ രക്ഷപ്പെടുത്തി ചൂണ്ടിക്കാണിച്ചത് യഥാർത്ഥിയല്ല അല്ല പറയുന്ന ഈസാനവിയെ ഞാൻ എന്റെ അടുക്കലെ കുയർച്ചതിനേൽപ്പിച്ചു ഈസയെ ഞാൻ എന്റെ അടുക്കലേക്ക് വിളിച്ചിരിക്കുകയാണ് എന്റെ അടുക്കൽ ഈസാന വിശുദ്ധവാസത്തിലാണ് അടയാളമായിരിച്ചു വരുമെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുറ അള്ളാന്റെ ഖുറ പറഞ്ഞ് ഈസാനവിയെ കൊന്നിട്ടില്ല കൂലി ചില തരത്തിട്ടില്ല പിന്നെന്തുപറ്റി വലാക്കിനു ശുബ്ഹിഹലു അവർ കാൾമാർക്ക് ഈസാ നബിയേ പോയിരിക്കുന്ന ധാരാളം ആളുകളുണ്ട് ഉദാസിച്ചുണ്ടി കാണിച്ചു കൊടുത്ത യദാ ഈസാ നബിയല്ല ഈസാ നബിയെ അല്ലാഹു ബൽ റഫഅഹുല്ലാഹു ഇലൈഹി ഈസാ നബിയെ അല്ലാഹു അല്ലാഹുവിന്റെ അടുക്കിലേക്ക് ഉയർത്തി ആ ഉയർത്തെ ഈസാ നബി അലൈഹി സലാത്തു വസലാമാണ് ദിമുഷ്കിലപ്പള്ളിയിലെ വെള്ളമിനാരത്തിൽ ഇന്നും ദിമുഷ്കരപ്പള്ളിയുടെ ഇടത്തെ പ്രാകത്തെ വെള്ളമിനാരത്തിലും ഗോപണി കാണാം ഈസാനബിക്ക് ഇറങ്ങി വരാൻ അള്ളാഹുസുഗഹാനൂവത്താര ആ സമയത്താണ് ജീവിക്കാൻ കഴിഞ്ഞതെങ്കിൽ അവിടെ വരെയാണ് നമ്മുടെ ആയുഷെങ്കിൽ അള്ളാഹു സുബെഹാനൂവത്താര ഈമാനോട് ഈസാനബിയുടെ പുറകിൽ അണിനിരക്കുന്ന യഥാർത്ഥ മുത്തക്കിങ്ങൾ അള്ളാഹുപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്താ അമീനൊരു പവറില്ലാത്ത ഒരു പ്രവാചകന് നമുക്ക് നേരിട്ട് കണ്ടുകൂടെ നമുക്കത് കഴിഞ്ഞിട്ടില്ലല്ലോ ഒരു പ്രവാചകന് നമുക്ക് നേരിട്ട് കണ്ടുകൂടെ റൂഹി ഈസാനബിയെ ഈ സ്വലാത്തു വസ്സലാമിനെ അള്ളാന്റെ റസൂല് വരുന്നതിന് അഞ്ഞൂറ് വർഷം മുമ്പ് വന്നു പോയാളാണ് ഈസാനബി ഈസാ നബിയുടെയും അള്ളാന്റെ റസൂലിന്റെയും ഇടയിലുള്ള വർഷം വെറും അഞ്ഞൂറ് വർഷത്തെ കാലഘട്ടമാണ് ക്രൈസ്തവ സമൂഹവും ഇസ്ലാമിക സമൂഹവും തമ്മിലുള്ള ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഇവിടെയാണ് അള്ളാന്റെ ഖർഹാൻ എന്റെ ശബ്ദം കേൾക്കുന്ന ക്രൈസ്തവ സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാന്റെ ഖുഹാൻ പറഞ്ഞു ഈസാനബിയെ പുരുഷന് തറച്ചിട്ടില്ല ഈസാൻബി കൊന്നിട്ടില്ല ഈസാനബിയെ കൊന്നു എന്ന് പറഞ്ഞതാരാ ആ മറുപടി പറയും ജുമാൻ ഉറന്നു ഇത് ഇങ്ങനെയാണ് ഞാൻ പറയില്ല ഈസാനബെ കൊന്നു എന്ന് പറഞ്ഞാരാ ഇത് ചുമ്മാ ചരിത്രമോ അല്ലെങ്കിൽ ഉമ്മ മാറണമല്ല അത് കേട്ടിരുന്ന ചുമ്മാ കേട്ടിരുന്നാ മതി ഇത് ഇനി വരാനിരിക്കുന്ന സംഭവമാണ് ഒരു നിമിഷം പോലും ഒരു തരി പോലും ഇതിനകത്ത് നമുക്ക് സന്ദേഹമില്ല ഇനി വരാനിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരു ചരിത്രം മറ്റൊരു ചർച്ചമായിട്ട് അങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോഴാ മനസ്സിലാവുള്ളൂ ഈസാനബി എന്തിനാ തിരിച്ചിറങ്ങുന്നത് അള്ളാഹുബിന്റെ ഖുർആാൻ പറഞ്ഞു അള്ളാഹുബിന്റെ ഖുർആൻ പറഞ്ഞു ഈസാനബി അലൈഹു സ്വലാത്തു വസ്സലാം കൊട്ടിലിൽ വെച്ച് സംസാരിച്ചു വ കഹില കുഹൂലായിരിക്കുമ്പോൾ സംസാരിച്ചു കുഹൂൽ എന്ന് പറഞ്ഞാൽ ആ കുഹൂലിന്റെ പ്രായം വരെ ഈസാനബി ഭൂലോകത്തുണ്ടായിട്ടില്ല അപ്പൊ കഹില കുഹൂല് എന്ന് പറയുന്ന ആ പദം മുപ്പത്തഞ്ച് നാപ്പത് വയസ്സിന് മുകളിലോട്ടാണ് ആ കാലഘട്ടത്തിലും ഈസാ നബി സംസാരിച്ചു എന്ന ഖുർആന്റെ ആയത് ശരിയാകണമെങ്കിൽ ഈസാനബി ഇറങ്ങിയും പറ്റു മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലാണ് ഈസാനബി അല്ലെ ഇസ്ലാത്തു വസ്ലാമിന് അള്ളഹ് ഉയർത്തുന്നത് എത്രാമത് വയസ്സിൽ എത്രാമത് വയസ്സിൽ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ മുപ്പത്തിമൂന്ന് വയസ്സിന് വലിയ പ്രാധാന്യമുണ്ട് സ്വർഗത്തിലും എല്ലാവർക്കും മുപ്പത്തിമൂന്ന് വയസ്സാണ് അള്ളാഹു സുഖാനത്തിന് മനസ്സിലാക്കാൻ ദുഃഖിക്കും നൽകട്ടെ അങ്ങനെ ഇമാം മഹിദി അലി ഹിസലാത്തു വസ്സലാം അസർ നേതൃത്വം നൽകും ദിമിഷ്കിലെ പള്ളിയിൽ അള്ളാഹു കാണാൻ ദുഃഖിക്കും നൽകട്ടെ ഒന്ന് പോണ സഹോദരങ്ങളെ ചുമ്മായി ആയിരം രണ്ടായിരവും കൊടുത്തിട്ട് പെരുന്നാളിന് വീകാരാന്തി കോയാ പോര ഇസ്ലാമിന്റെ ചരിത്രമുറങ്ങുന്ന ഭൂമി ഒന്ന് കാണണം ധാരാളം ആളുകൾ ഉമ്രയ്ക്ക് വേണ്ടിയൊക്കെ പോകുന്ന സമയത്ത് ചരിത്ര ഒരു യാത്ര എന്ന് പറയുന്ന പരസ്യം കാണാം ഒന്ന് പോകണം പോയിതൊക്കെ കണ്ടിട്ട് ലൂത്ത് നബി അലൈഹി സലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ നശിപ്പിച്ച ചാവുകടല് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിച്ച് മൂസാ നബി അലൈഹിത്തു വസ്സലാമിനെ വിളിച്ച വൃക്ഷം അള്ളാഹു ശബ്ദം കണ്ടല്ലോ ആ വിളിച്ച വൃക്ഷം അതുപോലെ ബഹുമാനപ്പെട്ട പ്രവാതകന്മാരുടെ കബറിടങ്ങൾ ഇങ്ങനെ ധാരാളം ഇസ്ലാമിക ചരിത്ര പശ്ചാത്തലങ്ങൾ ഉറങ്ങുന്ന ഭൂമിയൊക്കെ ഒന്ന് പോയി കാണണം വൈത്തിൽ മുക്കദ്സ് കാണണം വൈത്രിൽ മുക്കദ്സ് പുതുസെന്ന് കാണണ്ടേ ദിമിഷ്കിലെ പള്ളി കാണണ്ടേ ഈ പള്ളിയൊക്കെ കാണണം ആകെ ഒരു ലക്ഷം രൂപ മതി ഒറ്റ ലക്ഷം രൂപ മതി പോയി ഇതൊക്കെ കണ്ടിട്ട് ഉമ്രയും നിർവഹിച്ച് തിരിച്ചു വരാം ഞാനൊന്ന് പോണമെന്ന് വലിയ ആഗ്രഹിച്ചിരിക്കാൻ ഉള്ളാവ് ദോഷിക്കുന്ന ഒരു കെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇതൊക്കെ പോയി കാണാൻ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ച ചാവുകതല് ലോക ഖുർആാനിൽ അള്ളാഹു ധാരാളം സമൂഹത്തെ നശിപ്പിച്ച ചരിത്രം പറയുന്നുണ്ട് അള്ളാഹു ഏറ്റവും വലിയ ശിക്ഷ കൊടുത്തതാർക്കാം ലൂത്ത് നീ അലഹി സ്വലാത്തു വസ്ലാമിന്റെ സമൂഹത്തെയാ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെയൊക്കെ പേമാരി പെയ്പ്പിച്ചിട്ടും ഇടിമുഴക്കുണ്ടാക്കിയിട്ടൊക്കെ അല്ല നശിപ്പിച്ചത് ലൂത്ത് പീടെ സമൂഹത്തെ അവർ നശിപ്പിച്ചെങ്ങനാന്ന് പറയുമോ മലക്കിങ്ങ് വന്നു വന്നിട്ടൊരു കോരലങ്ങ് പോരിക്കും ഈ തട്ടുകടയിലൊക്കെ ദോശം അറിച്ചിടുന്ന കേറ്റിട്ട് ഒരു പൊക്കൂക്കൂ കുറച്ച് ബിരുദന്മാരായ തട്ടുകടക്കാരാണ് ഇത്രയും പൊക്കിട്ടൊന്നും ആയിരിക്കും ബഹുമാനപ്പെട്ട മലക്കുകൾ വന്നിട്ട് ലൂത്തിനബീടെ സമൂഹം താമസിച്ചിരുന്ന ഭൂമി ഒന്ന് പൊക്കി കൈ അടിയിലോട്ടിട്ടിട്ടൊന്ന് പൊക്കി പൊക്കിയിട്ട് എവിടം വരെ പൊക്കി എവിടം വരെ പൊക്കി ചരിത്രത്തിൽ കാണാം സമാജ ആ നാട്ടില് ജീവിച്ചിരുന്ന കോഴികളുടെ ശബ്ദം ആകാശത്തുള്ളവര് കേൾക്കുന്നതുവരെ പൊക്കി യൂത്തലബ് അലൈഹി സ്വലാത്തു നാട്ടിലെ ഭൂമിയിൽ കോഴിക്കൂട്ടി കിടന്ന കോഴി ആ കോഴി കരയുന്ന ശബ്ദം ആകാശത്തുള്ളവര് കേട്ടു അപ്പൊ അത്ര അടുത്തുവരെ പൊക്കി ഇങ്ങനെ ഒന്ന് പൊക്കിയിട്ട് ഒരൊട്ടടി നേരെ കബളിച്ച ഒരൊട്ടടി അടി ആ കഥ പറയും ചാവുകടും ഏത് കടലിൽ കയറി കിടന്നാലും മുങ്ങിപ്പോകും പക്ഷെ ചാവുകടലിൽ കിടന്നാൽ ഇപ്പോഴും മുങ്ങൂല ചാവ് കടലെങ്കിൽ ചാട് നോക്കി മുങ്ങൂല ഇങ്ങനെ ചരിത്രങ്ങൾ അറിയുന്ന കിയാമത്ത് നാളിന്റെ ഈ ചരിത്രം മുഴുവൻ ഉണ്ടാകുന്നത് ബൈറ്റിൽ മുപ്പത് ദിമുഷ്കിലെ പള്ളിയൊക്കെയാണ് പോയി കാണണം വെറുതെ നമ്മൾ ഈ പറഞ്ഞ് വെറുതെ എങ്ങനെ ഇരിക്കണം എന്നാ ലക്ഷം രൂപയുണ്ട് നമ്മൾ അടുത്ത പത്ത് സെന്റിന് അഡ്വാൻസ് കൊടുക്കും നമുക്ക് മൊത്തം ഈ മോഹമാണ് അങ്ങനെ അങ്ങ് പിടിച്ച് പിടിച്ച് പിടിച്ച് കൊണ്ടുപോകണം ഇല്ല സഹോദരങ്ങളെ ഇജ്ജത്തുള്ളവനായിട്ട് ജീവിക്കണമെങ്കിൽ ഇൻഷാല്ല ഞാനീ പറഞ്ഞു കരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ളവരോട് പകർന്നു പറഞ്ഞു കൊടുക്കണം പറയൂലേ അള്ളാഹുബന്ധനം മനസ്സിലാക്കാൻ തൊസ് നൽകട്ടെ അങ്ങനെ അത്ര നിസ്കാരം കഴിഞ്ഞ് ആ ഈദ്ദാനവി ഇറങ്ങുന്ന സംഭവിക്കുന്ന ആരോപിക്കൊക്കെ നിമിഷ്കിരപ്പള്ളിയിലെ വെള്ളമിനാരത്തിൽ ലക്ഷക്കണക്കിന് മലച്ചുകളുടെ അകമ്പടിയോടം മറിയമില്ല പുത്രൻ ഈ സാഹസ ആ പള്ളിയുടെ വിനാരത്തിന് ഇപ്പോഴും വെള്ളമിനാരം ആ വെള്ളമിനാരം ആ വെള്ളമിനാരത്തിലൂട്ട് കിടന്നുവരുമ്പോ സഹോദരങ്ങളെട്ടിപ്പോയ സമൂഹം പക്ഷേ അല്ലാ നടത്തൂര് പതിനാല് നൂറ്റാണ്ട് മുമ്പ് പറഞ്ഞു ഗജാരു ലോകം മുഴുവനും വിത്രയുമായി നടക്കും പക്ഷേ എന്റെ മക്കയിലോ മദീനയിലോ ഗജ്ജാര് കയറില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സഹോദരങ്ങളെ അള്ളാൻ റസൂലിന്റെ പാപദന സ്പർശനം കൊണ്ടുഗ്രഹീതമായ മക്കാൻ റസൂലിന്റെ പട്ടണത്തിൽ തച്ചാല് സഹോദരങ്ങളെ കഴിഞ്ഞ ആഴ്ച ഉത്രയ്ക്ക് പോകുമ്പോ ദിവസം കഴിഞ്ഞ് മദീനത്തോട്ട് കിടന്നു പോകുമ്പോ എന്റെ കൂടെയുള്ള ആള് കാണിച്ചു വന്നു കാറിൽ ഇരിക്കുമ്പോ കണ്ടോ അതാണ് ജുലുസുമല അതാണ് ഒരു മലയിലെ മല ഇപ്പേര് പറയുന്നത് ആ മലയുടെ മുകളില് സൗദി രാജാവിന്റെ പാലസാണിപ്പോ ആ മലയുടെ മുകളിലാണ് തച്ചാരുവെന്ന് കയറി നിൽക്കുക ഇന്ന് ആ മല നിങ്ങൾക്ക് കാണാൻ മദീനത്ത് പോയാൽ ആ മലയുടെ പേര് അവിടെയാണ് ഗജാരുവെന്ന് ഇറങ്ങുന്നത് എന്നാണ് പറയുക ആ മലയുടെ മുകളിൽ ഇപ്പോൾ സൗദി രാജാവ് പാലസ് വെച്ചിരിക്കുക ഞമ്മക്ക് വലിയ വേറൊരു ചർച്ചയും കൂടെ ഉണ്ട് ഈ ലോകാവസാനത്തിന്റെ ശാസ്ത്രീയ നിഗമനങ്ങൾ എന്തൊക്കെയാണ് ഇത് പറയുന്നതെല്ലാം പുലരുമോ സൂര്യൻ പൊട്ടി തകരും നക്ഷത്രം നക്ഷത്രങ്ങൾ മൂവാണ്ടന്മാരെ താങ്കോഴോട്ട് വീഴും പോലെ വീഴും എന്നറിയുന്നു അനുസുരത്ത് തെക്കുവീർ തജാല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാപത്തിൽ മൗജൂജ്ലാഹു സുബ്രഹാനോത്തിലെ ഖുർഹാനിന് പേരെടുത്ത് പറഞ്ഞ രണ്ടാളുകളാണ് യഹജൂജ് മൗജൂജ് അതൊക്കെ ഏത് വാക്കാണ് അറബിയാണ് ഇതൊക്കെ ഒന്ന് പഠിക്കണം സഹോദരങ്ങൾ അറബി പഠിക്കണം ഗൾഫിൽ പോകാൻ വേണ്ടി മാത്രം പഠിച്ചാ നമ്മുടെ വിഴിഞ്ഞത്തുള്ള ഒരു പയ്യൻ അവന്റെ അവന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ ഗൾഫിൽ പോയി അവന്റെ മതിനിന്റെ മതിനി ഗൾഫിൽ പോയി അപ്പൊ പിറ്റോസൻ രാവിലെ അവൻ മദിനിക്ക് ഫോൺ ചെയ്തു ഗൾഫിലെ നമ്പറിൽ അപ്പൊ അതിനകത്ത് പെണ്ണിന്റെ ശബ്ദം നെർജുൽ ഹവാല ചതിക്കിറത്തി വെക്കില്ല അപ്പൊ അവന് തള്ളേ മതിന് ഇത്ര പെട്ടെന്ന് അറബിയൊക്കെ പഠിച്ചാ സൗദി ഗവൺമെന്റിന് ഒരു കാര്യത്തിന് നമ്മൾ അഭിനന്ദിക്കണം ഞാൻ കഴിഞ്ഞ ആഴ്ച ഉമ്രയ്ക്ക് പോയിട്ട് മദീനത്ത് നിന്നിട്ട് ജുഹുഫ് മല കണ്ടപ്പോ ഞാൻ വല്ലാതെ ചിന്തിച്ചുപോയി പടച്ചവനെ മുസ്ലിമാകാൻ കഴിഞ്ഞതിൽ അഭിമാനിച്ചു അള്ളാഹു അഭിമാനം നൽകി ചിത്രം